പതിനഞ്ചാം അധ്യായം പുരുഷോത്തമ യോഗം പുരുഷോത്തമൻ എന്ന് പറഞ്ഞാൽ ഉത്തമ പുരുഷൻ പുരുഷോത്തമൻ പുരുഷോത്തമനാവാനുള്ളൊരു അവസരം യോഗം എന്താണ് ഭഗവാൻ തന്നെയാണ് തുടങ്ങുന്നത് അർജുനെ ചോദിക്കാനൊന്നും അവസരമില്ല ഈ അധ്യായത്തിൽ അർജുനൊരൊറ്റ ചോദ്യം ചോദിക്കുന്നില്ല ഭഗവാൻ അങ്ങോട്ട് അട്ടിച്ച് വിട്ടുകൊടുക്കുകയാണ് ഗംഭീര അധ്യായം സ്വാമി ഓ ഊണിക്കാനായോ ഇല്ല ചിലർക്കൊക്കെ ഈ അധ്യായം കേട്ടുകഴിഞ്ഞാൽ ഉടനെ വിശക്കാൻ തുടങ്ങും കാരണം ആശ്രമത്തിലൊക്കെ അല്ലെങ്കിൽ ചിലരൊക്കെ ഈ പതിനഞ്ചാം അധ്യായം ചൊല്ലി ചൊല്ലുമ്പോഴേക്കും അവർക്ക് വിശപ്പ് തുടങ്ങുമെന്ന് പറയാം അതുകൊണ്ട് പതിനഞ്ചാം അധ്യായം എടുക്കുമ്പോൾ ചിലപ്പം വിശ ഇത് ഇങ്ങനെ കേട്ടുശീലായിട്ടുള്ളവർക്ക് വിശപ്പ് തുടങ്ങുകയാണെങ്കിൽ അവരെന്തെങ്കിലും കരുതുക കഴിക്കാനായിട്ട് വേറെ നിർവാഹമൊന്നുമില്ല ആശ്രമത്തിൽ ഇത് കഴിഞ്ഞാലേ ഊണുള്ളൂ പതിനഞ്ചാം അധ്യായം മുഴുവൻ ചൊല്ലി കഴിഞ്ഞാൽ ഊണാണ് അപ്പോൾ ഊണ് കഴിക്കുന്നതിന് മുൻപ് ഈ അധ്യായം ചൊല്ലുന്നുണ്ട് അതെന്തിനാ എന്നാണെങ്കിൽ ആ സമയത്ത് വരുമ്പം പറയാം ഊണിൻ്റെ സമയമല്ല ഈ ശ്ലോകം വരുന്ന സമയത്ത് നമുക്ക് പറയാം കഠോപനിഷത്തുമായി ഭഗവത്ഗീതയ്ക്ക് ഏറെ സാമ്യമുണ്ട് കടോപനിഷത്തില് ഈ മന്ത്രം ഇവിടെ ആദ്യ ശ്ലോകത്തെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ശ്ലോകം കടോപനിഷത്തില് ഒരു മന്ത്രമായിട്ടുണ്ട് നമുക്ക് പരിചയപ്പെടാം ആദ്യം അധ്യായത്തെ പുരുഷോത്തമയോഗ ൂലമുരവ്യയം ർ ഭഗവാൻ ഉവാച ഭഗവാൻ അർജുനനോട് പറയൂ ഊർധ്വമൂലം അധ ശാഖം അശ്വത്ഥം പ്രാഹു അവ്യയം ചന്ദാംസി യർണാനി യഹ തം വേദ സ വേദവിത് ഊർധ്വ മൂലം ഊർധ്വം മുകളിലേക്ക് മൂലം വേരുകൾ മുകളിലേക്ക് വേരുകളുള്ളതും അധ ശാഖം കീഴോട്ട് ശാഖകളുള്ളതും മുകളിലേക്ക് വേരും താഴേക്ക് ശാഖകളുമുള്ള അവ്യയം അശ്വത്ഥം അവ്യയം നാശരഹിതമായ അശ്വത്വം അരയാല് പ്രാഹുഹു ജ്ഞാനികൾ പറയുന്നു എന്താ ജ്ഞാനികൾ പറയുന്നത് മുകളിലേക്ക് വേരും താഴേക്ക് ശാഖകളുമുള്ള ഒരശ്വത്വ വൃക്ഷത്തെക്കുറിച്ച് ജ്ഞാനികൾ പറയും ഒരശ്വത്വ വൃക്ഷം അരയാൽ വൃക്ഷം ശീർഷാസനത്തിൽ നിന്നാ എങ്ങനെ ഉണ്ടാവും ഈ ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തെ വളരെ രസകരമായിട്ട് ചിത്രം വരച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് മുകളിലേക്ക് വേരും താഴേക്ക് ശാഖകളും തല കീഴായ ഒരു ശീർഷാസനത്തിലുള്ള അശ്വത്ഥ വൃക്ഷം നമുക്ക് തോന്നുന്നത് ഈ ചിത്രം വരച്ച ആൾ നമ്മുടെ പുസ്തകത്തിൽ കാണില്ല നിങ്ങൾ അതിൽ കാണുന്ന ചിത്രം അരയാൽ വൃക്ഷം തന്നെയാണ് മുകളിലേക്ക് തലകീഴായ വേര കാണുന്ന അതായത് തലകീഴായ വേരെന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വേരും താഴേക്ക് ശാഖകള്ളും ഈ വൃക്ഷം വരയ്ക്കാൻ ആരോ പറഞ്ഞതായിരിക്കാം വരയ്ക്കാൻ എന്തോ ആവട്ടെ അങ്ങനെ ചാർട്ടൊക്കെ വെച്ച് ക്ലാസ് എടുക്കുന്നുണ്ട് അവര് മുൻപിലേക്കുള്ള ശ്ലോകങ്ങളൊന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് അർജുന ഇങ്ങനെയൊരു വൃക്ഷം കാണാൻ കിട്ടില്ല പക്ഷേ ആദ്യത്തെ ശ്ലോകം വെച്ച് ഇവർ വരച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാശ് കൊടുക്കണ്ടേ വരച്ച ആൾക്ക് അങ്ങനെയാണ് ഒരിക്കൽ ഒരമ്മ അവരുടെ ചിത്രം വരപ്പിച്ചു പണ്ടൊന്നും ഫോട്ടോ എടുക്കലില്ലല്ലോ വരയ്ക്കല രോർമ്മയുടെ കാലത്തൊക്കെയായിരുന്നു അതിങ്ങോട്ട് ശേഷം അപ്പം അവരങ്ങനെ നന്നായി ഇരുന്ന് കൊടുത്തു ആ ലാസലായിട്ട് വരച്ചു വളരെ എന്താ ഗംഭീരായിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും എനിക്ക് ആ കഴുത്തിൽ നല്ല വൈരക്കല്ലിൻ്റെ ഒരു മാലയും കൂടെ വരയ്ക്കാൻ പറഞ്ഞു അവർ പറഞ്ഞു അതില്ലല്ലോ നിങ്ങളുടെ കഴുത്തിൽ പിന്നെ എന്തിനാണ് അത് വരയ്ക്കുന്നത് അല്ല അത് വേണം നല്ല അല്ല ഉഷാറായിക്കോട്ടെ എന്ന് പറഞ്ഞു വരയ്ക്കാൻ പറഞ്ഞു കൊടുത്തു ചിത്രകാര് വരച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു എന്തിനാ അത് ഇങ്ങനെ വരയ്ക്കാൻ പറഞ്ഞത് നിങ്ങക്ക് ഇങ്ങനെ ഒരു മാ അപ്പൊ അദ്ദേഹം പറഞ്ഞു എന്നാ ശരി ആ മാല ഒന്ന് കാണട്ടെ ആ മാല കണ്ടുകഴിഞ്ഞാ അതുപോലെ വരയ്ക്കാം ഇല്ല ഇങ്ങനെയാണ് ആ മാല നീല കല്ലുപതിച്ചിട്ടുള്ള എന്താ വജ്രത്തിന്റെ സ്വാമിക്ക് ആ അതൊന്നും അറിയില്ല നീലയല്ല അല്ലേ ആണോ നീല പോലെയൊക്കെ തോന്നും സംഗതി മനസ്സിലായില്ലേ നിങ്ങക്ക് അത് അങ്ങനെ നല്ല അല്ല കുറക്കേണ്ടെന്ന് പറയാം വരയ്ക്കുമ്പം ഭവനൊന്നും കുറയ്ക്കണ്ടല്ലോ നല്ലോണം ആയിക്കോട്ടെ അപ്പം അങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു ഇദ്ദേഹം ചോദിച്ചു എന്തിനാണ് ഇങ്ങനെ വരപ്പിച്ചത് എന്ന് ചോദിച്ചു പറഞ്ഞു എനിക്കൊരു സത്യം പറയണം നിങ്ങളോട് എന്താണെന്ന് പറഞ്ഞാൽ ഞാനൊരു ഒരു അസുഖം എനിക്ക് വന്നിരിക്കുക ഞാൻ ഏതാനും മാസങ്ങളോ ദിവസങ്ങളെ കൊണ്ട് ഞാൻ മരിക്കും തീർച്ചയായിട്ടും എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കും അപ്പൊ ആ സ്ത്രീ ചോദിക്കും ഈ മാല എവിടെയാണ് അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ സ്വൈര്യം കൊടുക്കില്ല പോണ്ടിച്ചേരിയിൽ രമണ പോണ്ടിച്ചേരിയിൽ അരവിന്ദാശ്രമത്തിൽ വലിയ അരയാൽ വൃക്ഷമുണ്ട് ഏക്കർ കണക്കിനിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന വൃക്ഷങ്ങളുണ്ട് പേരാലും അരയാലും നിങ്ങൾക്ക് രണ്ടും അറിയാലും അല്ലേ പേര് താഴെ പേരാലാണ് അതെ പേര് പേരിറങ്ങിയിട്ട് ഉള്ളക്ക് എന്താ അത് തടിയായി മാറുന്നത് അവിടെ നമ്മുടെ കുരുക്ഷേത്രത്തിൽ അരയാലാണ് ഭഗവത്ഗീത അവിടെ വെച്ച് ഉപദേശിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുത ഈ ശ്ലോകം അതിന് കുറച്ച് എന്താണ് ഒരു സദ്ഭാവം കൊടുക്കുന്നു എന്താ ഭഗവാൻ അവിടെ ഒരു വൃക്ഷം കണ്ടിട്ടുണ്ടാവും ഈ വൃക്ഷം അങ്ങനെ രണ്ട് മൂന്ന് വൃക്ഷങ്ങൾ അവിടെയുണ്ട് അപ്പം അത് ചൂണ്ടിക്കൊണ്ടായിരിക്കാം വേണമെങ്കിൽ നമുക്കങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാനൊരവസരമാണിത് അത് കാണിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുക എന്താ ഇവിടെ പറയുന്നത് എന്നാണെങ്കിൽ ഒരു ജീവിത വൃക്ഷത്തിൻ്റെ ദൃശ്യമാണ് ഈ ലോകം ഭഗവാൻ ലോകത്തെ അവതരിപ്പിക്കുകയാണ് എന്താണ് ലോകം പന്ത്രണ്ടാം അധ്യായത്തിൽ ഭക്തി യോഗം ഭക്തന്റെ ലക്ഷണം ഈ വക കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പ്രതിപാദിച്ചതിന് ശേഷം ക്ഷേത്രം ക്ഷേത്രജ്ഞൻ അതിൽ ആരാണ് എന്താണ് ക്ഷേത്രം ആരാണ് ക്ഷേത്രജ്ഞൻ ഈ കാര്യങ്ങൾ തുടർന്നുള്ള അധ്യായത്തിൽ കഴിഞ്ഞ പതിനാലാം അധ്യായത്തിൽ എങ്ങനെയാണ് ഗുണങ്ങൾ നമ്മെ സ്വാധീനിക്കുന്നത് ഗുണങ്ങൾക്കനുസരിച്ച് നാം ലോകത്തിൽ ലോകത്തോട് പ്രതികരിക്കുന്നത് ആ പ്രതികരണങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ വാസനകളെ സൃഷ്ടിക്കുന്നത് ആ വാസനകൾക്കനുസരിച്ച് നാം എങ്ങനെയാണ് പുതിയ ലോകത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നത് ഇത്യാദി കാര്യങ്ങളൊക്കെ ഭഗവാൻ അർജുനൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു എന്ന് പറയാം തുടർന്ന് ഈ അധ്യായത്തിൽ തികച്ചും വ്യത്യസ്തമാറുന്ന ഒരു രീതിയിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് ഒന്ന് ഒരു എന്താ ഈ ഭഗവത്ഗീത ഇതുവരെ തുടർന്നു വന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായി എന്ന് പറഞ്ഞാൽ അതിനെ ഒരാചാര്യൻ പറയുന്നത് ഭഗവാൻ അങ്ങനെ ഭഗവാനും അർജുനും കൂടെ മുകളിലൂടെ പോവുക പറയുക വളരെ മുകളിൽ അപ്പം മുകളിൽ യാത്രക്കാരുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് ഭൂമിയിലേക്ക് ഇറങ്ങി വരണമെങ്കിൽ കുറച്ച് തയ്യാറെടുപ്പ് ആവശ്യമുണ്ട് എന്ന് അങ്ങനെ ഒരു ഇറങ്ങി വരലാണ് ഭഗവാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് അപ്പൊ പതിനഞ്ചാം അധ്യായത്തിലൊക്കെ എത്തിയപ്പോഴേക്കും ഏകദേശം ഇറക്കമായിട്ടുണ്ട് എന്ന് പറ കയറിയിട്ട് ഇറക്കമാണ് അപ്പൊ വൃക്ഷത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് എന്ന് എന്താണ് എന്തുകൊണ്ടാണ് വൃക്ഷത്തെ അവതരിപ്പിക്കാൻ കാരണം ഇപ്പൊ വൃക്ഷം വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് അല്ലെങ്കിൽ വൃക്ഷം വൃക്ഷത്തെ ഉദാഹരിച്ചുകൊണ്ട് ഇതര സംസ്കാരങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള പല പല ശാസ്ത്ര അതായത് ഇതര സംസ്കാരത്തിൽ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വിട്ട് മറ്റ് രാജ്യങ്ങളിലും ഇതുപോലെ വൃക്ഷങ്ങൾ ഒരു കേന്ദ്ര കഥാപാത്രമാണെന്ന് പറയാം ഓക്ക് വൃക്ഷം അതുപോലെ ഈ ബൈബിളിലൊക്കെ കാണാം അതിനും മുൻപുള്ള സൂഫി സൂഫിസത്തിലും മിക്ക മതങ്ങളിലും വൃക്ഷങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയാം പല വൃക്ഷങ്ങളും പല പ്രകാരത്തിൽ വൃക്ഷത്തെ ചൂണ്ടിക്കൊണ്ട് അതത് കാലത്തെ ആചാര്യന്മാർ സത്യത്തെക്കുറിച്ചുള്ള വിവരണം നടത്തിയിട്ടുണ്ട് ഭാരതത്തിൽ ഋഷി തെരഞ്ഞെടുത്തത് അശ്വത്വ വൃക്ഷത്തെയാണ് ഭഗവത്ഗീതയ്ക്ക് മുൻപ് തന്നെ അശ്വത്വ വൃക്ഷം അവതരിപ്പിക്കുന്നുണ്ട് ഊർധ്വമൂലോ അവാക്ഷാഖ യേശോശ്വത്ഥ സനാതന എന്ന് കടോപനിഷത്തിൽ കാണാം അതുപോലെ വേറെയും സ്ഥലത്ത് അശ്വത്ഥ വൃക്ഷത്തിൻ്റെ പരാമർശമുണ്ടോ എന്ന് പറയാം അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ജീവിത വൃക്ഷം ഈ ലോകമാകുന്ന എന്താ വൃക്ഷത്തെയാണ് ഭഗവാൻ ഇവിടെ ഇതിൽ അവതരിപ്പിക്കുന്നതെന്ന് പറയാം എന്തുകൊണ്ടാണ് വൃക്ഷങ്ങൾക്ക് ഇപ്പൊ വൃക്ഷത്തെ നമുക്ക് വൃക്ഷത്തെ നോക്കിയിട്ട് എങ്ങനെ ലോകത്തിൻ്റെ ഗതിയെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാരണത്തെ കണ്ടെത്താം ഇവിടെ നമ്മൾ സ്വീകരിച്ച് വന്നിട്ടുള്ള നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒന്നാണ് ഭാരതീയ ഋഷിയുടെ രീതി നമ്മുടെ ഈ പാശ്ചാത്യ ശാസ്ത്രകാരൻ്റെ രീതിയല്ല എന്ന് പറയുക പക്ഷേ നമ്മൾ പഠിച്ചത് അതാണ് അവരുടെ രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ കണ്ടിട്ട് അതായത് ലോകത്തിൽ പലതിനെയും കണ്ടിട്ട് ആ കണ്ടതിൻ്റെ കാരണത്തെ അന്വേഷിക്കുന്നതാണ് അങ്ങനെയാണല്ലോ അല്ലേ എന്തൊക്കെ ഇവിടെ കാണാനുണ്ടോ ആ കാണപ്പെട്ടതിൽ നിന്ന് അതായത് കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്കുള്ള അന്വേഷണം ഇവിടെ പതിനഞ്ചാം അധ്യായത്തിൽ നേരെ തലതിരിഞ്ഞ തലതിരിഞ്ഞതെന്നല്ല ഒരു വേറൊരു രീതിയാണ് അന്വേഷണം എന്താണ് അദൃഷ്ടമായ ആ ബ്രഹ്മത്തിൽ നിന്ന് അജ്ഞാതമായ ആ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ ജ്ഞാതമായ സ്ഥൂലമായ ഈ പ്രപഞ്ചം ഉണ്ടായി ഇങ്ങനെയുണ്ട് വരവ് കാരണത്തിൽ നിന്ന് കാര്യത്തിലേക്ക് കാരണത്തിലേക്ക് നേരെ നമ്മളെ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് ഊർധ്വ മൂലം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് കേൾക്കുമ്പം ചിലപ്പോൾ ഒരു ഇന്നലെ ആരൊക്കെയോ പറയുണ്ടായി അങ്ങോട്ട് ശരിയായിട്ടില്ല സ്വാമി സ്വാമി എന്തോ വൃക്ഷം തലകീഴായി നിന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു അന്നലെ അങ്ങോട്ട് സുഖമായിട്ടില്ല എന്ന് പറയാം അതുകൊണ്ട് സുഖമാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ഒരു രീതിയുണ്ട് ഏതാണ് നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ ഇതുവരെ നാം അനുവർത്തിച്ചു പോകുന്ന രീതി സ്കൂളിലും എന്താ കോളേജിലും ഒക്കെ അപ്പൊ അത് അത് അതിന് ആ രീതി നമുക്കിപ്പം അതാണ് നമ്മുടെ രീതി അതിൽ നിന്ന് വേറിട്ടൊരു രീതിയാണ് ഈ കുട്ടികൾ ചെറിയ കുട്ടികളുടെ കൂട്ടം സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ സ്കൂളിലൊക്കെ ടീച്ചേഴ്സിനെ അറിയാൻ പറ്റും ചെറിയ കുട്ടികൾ അതായത് ഈ കെ ജിയിലൊക്കെ ചേർത്തി കഴിഞ്ഞാലേ അവരാദ്യത്തെ ഒരാഴ്ചയൊക്കെ കരച്ചിലും പിഴിച്ചിലും ഒക്കെ ആയിരിക്കും പിന്നെ പരസ്പരം പരിചയപ്പെട്ടൊക്കെ തുടങ്ങും പരിചയപ്പെടാൻ ഒരു ഒരു രണ്ട് മൂന്നാഴ്ച എടുക്കും രണ്ട് മൂന്നാഴ്ചയാകുമ്പോഴേക്കും ടീച്ചറും പിന്നെ ക്ലാസ് റൂമും സ്കൂളും ഈ വണ്ടി കൊണ്ടുപോകുന്ന ഡ്രൈവർ മാമനും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു ധാരണയാവും പിന്നെ ഇവരുടെ സംഭാഷണം തുടങ്ങും വളരെ രസമാണ് സ്വാമി കുറച്ചു കാലമായല്ലോ സ്കൂളിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് ഏറ്റവും വലിയ ആനന്ദം എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ ഇത് ഒളിഞ്ഞു നിന്ന് മാറി നിന്നൊക്കെ ശ്രദ്ധിക്കാനുള്ളു അവിടെ എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നാൽ മതി ഒന്നും എന്താ അത്ര ശ്രദ്ധിക്കരുത് നേരിട്ട് ശ്രദ്ധിക്കരുത് അല്ലാതെ കേട്ടുകൊള്ളാം അപ്പൊ ഒരു കുട്ടി പറയുന്നു എൻ്റെ അമ്മയ്ക്ക് ഒന്നും അറിഞ്ഞൂട അതൊരു സത്യമാണ് അപ്പം ഈ അമ്മമാരെ കുറിച്ചാണ് കുട്ടികളുടെ ചർച്ച അപ്പം മറ്റവൻ ചോദിക്കുക അതെന്താ ഒന്നും അറിഞ്ഞൂട്ടെ എൻ്റെ അമ്മയ്ക്കെല്ലാം അറിയും അങ്ങനെയാണ് പറയുന്നത് അതെന്താ ഒന്നും അറിയില്ലേ അത് ഞാൻ ഉറങ്ങുമ്പം എന്നെ വിളിക്കും ഞാൻ ഉറങ്ങിക്കിടക്കുമ്പം എന്നെ ഉണർത്തും ഞാൻ ഉണർന്നിരിക്കുമ്പോൾ എന്നെ ഉറക്കുന്നു ഉണർന്നിരിക്കുന്ന സമയത്ത് അവനെന്ത് ചെയ്യുന്നു ഉറക്കാൻ പരിശ്രമിക്കുന്നു ഉറങ്ങിക്കിടക്കുമ്പോഴോ അവനെ ഉറക്കുന്നു ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെ ഗൗരവമാറുന്ന ഒരു കാര്യമാണ് എന്താണ് ഉറങ്ങുമ്പം ഉണർത്തുക ഉണർന്നു കിടക്കുമ്പം ഉറങ്ങാൻ വേണ്ടി ബലമായിട്ട് ശ്രമിക്കുക എന്നുള്ളത് അങ്ങനെ തുടങ്ങിയിട്ട് ആ ചെറുപ്പത്തിൽ തുടങ്ങിയിട്ട് നമ്മൾ അനുവർത്തിച്ച് വന്ന ഒരു രീതി ഉണ്ട് ആ രീതിക്ക് തികച്ചും വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇവിടുത്തെ രീതി എന്ന് പറയുക അപ്പൊ ഇവിടുത്തെ രീതി കാണാത്തതിൻ്റെ വേര് ഊർധ്വമൂലം അവാക്ശാഖം അല്ല ക്ഷമിക്കണം ഊർധ്വമൂലം അധശാഖം അതിൻ്റെ വേര് മുകളിലാണ് അതുപോലെ ശാഖ ഇവിടെ താഴെയാണ് എന്ന് പറയാം ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാല് ഭൂമിയില് വേരും മുകളില് ശാഖകളും ഈ പ്രപഞ്ചമാകുന്ന വൃക്ഷത്തെ പ്രപഞ്ച വൃക്ഷത്തിൻ്റെ വേരിനെ പറയുന്നത് മുകളില് അതിൻ്റെ ശാഖ താഴെ ഇനി നമുക്ക് വൃക്ഷത്തെക്കുറിച്ച് കുറച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം ആദ്യം അതൊന്നും മനസ്സിലാവേണ്ടതുണ്ട് എന്ന് പറയാം വൃക്ഷം എങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്താപ്പൊ സ്വാമി വൃക്ഷത്തെക്കുറിച്ച് ഇപ്പൊ എത്ര പഠിക്കാനുള്ളത് ഞങ്ങൾക്കറിയാം എന്ന് പറയാ അറിയുന്ന കാര്യം തന്നെയാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൃക്ഷത്തിൻ്റെ വേരുകൾ ഭൂമിയുടെ അടിത്തട്ടിലേക്ക് പോകുന്നു ഇല്ലേ അതേസമയം അതിൻ്റെ ശിഖ ശിഖകളും ഇലകളും ഒക്കെ മുകളിലേക്ക് പോകുന്നു സമാനമായിട്ടുള്ള അതിലെ ഒരു കാര്യം വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിലെ ഇലയില് ഉപനിഷത്തിൽ അത് പറയുന്നുണ്ട് മധ്യഭാഗത്ത് മുറിവേൽപ്പിക്കാനും അടിഭാഗത്ത് മുറിവേൽപ്പിക്കാനും മധ്യഭാഗത്ത് മുറിവേൽപ്പിക്കാനും മുകൾ ഭാഗത്ത് മുറിവേൽപ്പിക്കാനും ഒരു പരീക്ഷണം നടത്താൻ പറയുക എന്നിട്ട് അവനോട് ചോദിക്കണു നീ എന്താണ് അതില് അപ്പൊ അവൻ പറയണു ജീവൻ സ്രവേദ് എന്ന് പറഞ്ഞു ജീവൻ സർവേത് ജീവൻ അതിൽ നിന്ന് ഒഴുകുന്നു ഓരോ ഭാഗത്ത് മുറിവേൽപ്പിക്കുമ്പോൾ എന്നിട്ട് പറയുന്നു ഇതിൽ ജീവൻ ഈ വൃക്ഷത്തിൽ ജീവൻ മുഴുവൻ എന്താ പറയുക നിറഞ്ഞു നിൽക്കുന്നു അതിൽ നിന്ന് ഒരു വൃക്ഷത്തിൻ്റെ ഒരു ശാഖയിൽ നിന്ന് ജീവൻ പോയി കഴിഞ്ഞാൽ ആ ശാഖ ഉണങ്ങും രണ്ടാമത്തേതിൽ നിന്ന് പോയിക്കഴിഞ്ഞാൽ അതും ഉണങ്ങും മൂന്നാമത്തേതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അതും ഉണങ്ങും സർവം പോയി കഴിഞ്ഞാൽ സർവം ഉണമു ഇങ്ങനെ വൃക്ഷത്തെ ഉദാഹരിച്ചുകൊണ്ട് ഉദാലകൻ ശ്വേതകേതുവിന് തത്വംസി മഹാവാക്യം പറയുന്നുണ്ട് പറഞ്ഞത് ആ ജീവരസം അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ പോയി നിൽക്കുന്ന വേരിൻ്റെ അഗ്രഭാഗം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെന്ത് കാണാം ഈ ഒരു നീര് നീരെന്ന് പറഞ്ഞാൽ ആ ജീവരസം കാണാം അതേസമയത്ത് അതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആ തളിര് എടുത്തു കഴിഞ്ഞാലും അതിലാ ജീവരസം കാണാന്ന് പറയാം ഒരു പ്രത്യേക സംവിധാനമാണ് അത് ഒരുക്കിയിരിക്കുന്നത് ഏത് മോട്ടർ ഒഴിച്ചിട്ടാണ് ഈ പോകുന്നത് എന്ന് അറിയാം പറയാൻ പറ്റില്ല എന്ന് പറയുക നമ്മുടെയൊക്കെ അഞ്ചാമത്തെ നിലയിലൊക്കെ വെള്ളം എത്തിക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പം അതൊരു പ്രത്യേക രീതിയിൽ അത് എന്താ ഈ ഒരു ഏർപ്പാടത് ചെയ്യുന്നുണ്ട് വൃക്ഷത്തെക്കുറിച്ച് ഏറെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ സൂര്യനിൽ നിന്ന് ഊർജത്തെ സ്വീകരിക്കുന്നത് സൂര്യനിൽ നിന്ന് ഊർജം സ്വീകരിക്കണോ അതുപോലെ അത് സൂര്യൻ്റെ സഹായത്താൽ എന്താ കാർബോഹൈഡ്രേറ്റിന് അന്നജത്തെ അത് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയാം മാത്രമല്ല അന്തരീക്ഷത്തിൽ അത് പ്രാണവായുവിനെ എടുക്കുകയും കൊടുക്കുകയും ചെയ്യും ഇങ്ങനെ പ്രകൃതിയിൽ മറ്റൊരു ജീവജാലവും ചെയ്യാത്ത ഒരു പ്രത്യേക പ്രവർത്തനം ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സൂര്യനിലേക്കും അതേ സമയത്ത് അതിൻ്റെ അടിത്തട്ടിലേക്ക് ആഴങ്ങളിലേക്ക് വേരുകളെ ഇറക്കിയിട്ട് ജലമന്വേഷിക്കുന്ന വേരും ഒരു പ്രത്യേക ബന്ധമാണിത് ഇത് ഇതാദ്യം മനസ്സിലാവണം എന്നിട്ട് ഈ വൃക്ഷം മുറിക്കാൻ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇത് ആദ്യം ഇത് പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഒന്നും പിടികി ചിലപ്പോൾ ചിലതൊന്നും മനസ്സിലാകാത്തപ്പോവും അപ്പൊ ഇതിൻ്റെ വേര് താഴ്ന്നിരിക്കുന്നത് ആ വേര് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ലോകം അതേസമയത്ത് അതിൻ്റെ ശാഖ പോയിട്ടുള്ള ഒരു ലോകം അതിന് രണ്ട് ലോകങ്ങളായിട്ട് ശങ്കരാചാര്യസ്വാമികൾ അതശ്ചോർദ്ധം പ്രസൃതാസ്ത്യശാഖ അതിൻ്റെ ശാഖകൾ മുകളിലേക്കും താഴേക്കും പോയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ വൃക്ഷം എന്നുള്ളത് എന്തുകൊണ്ടും നമ്മുടെ അതായത് ഈ ഒരു ജൈവ പ്രതിഭാസം എന്ന് വിശേഷിപ്പിക്കാലോ നമ്മുടെയൊക്കെ ഈ ജീവ ഈ ജീവനുള്ള എന്തൊക്കെയുണ്ടോ ആ ജൈവ പ്രതിഭാസത്തിൻ്റെ കാരണത്തെ തൊട്ടുകാണിക്കാൻ എന്തുകൊണ്ടും സർവദാ യോഗ്യമായ ഒരു സിമ്പലാണ് വൃക്ഷം എന്ന് പറയുക അതിന് ഏറ്റവും യോഗ്യമായ വൃക്ഷമാണ് ഇവിടെ പറയുന്ന എന്താ അശ്വത്വം എന്ന് പറയുക അപ്പൊ അതിന്റെ അടിവേരനയാണ് നമുക്ക് തൊട്ട് കാണിച്ചു തരുന്നത് ഇതിന്റെ അടിവേദന കാണിച്ചു തരുന്നതിലൂടെ ഇത് എന്താ അതുകൊണ്ട് അർഹിക്കുന്ന എന്താ ശ്രദ്ധയോടുകൂടി നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്ന് പറയാം പറയുന്നു നമുക്ക് ശ്ലോകം ഒന്നുകൂടെ ചൊല്ലാം ആദ്യത്തെ ഒന്നാമത്തെ ശ്ലോകം ുവാച ഊർധമൂലമുരം ഛന്ദ് പർ യം വേദസേത ഊർധമൂലം അധശാഗം അശ്വം പ്രഹു അവ്യയം ചന്ദാംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത് മുകളിൽ ഊർധ്വ മൂലം വേര് മുകളിലും അത് ശാഖ കീഴോട്ട് ശാഖകളുള്ളതും അപ്പം മുകളിലും താഴേക്കും വേരും ശാഖയും ഇരിക്കുന്നത് അങ്ങനെയാണെന്ന് പറയാം നേരെ വിപരീതമായിട്ടാണ് അവ്യയം എന്താണിത് നാശമില്ലാത്തതാണ് അവ്യയം അശ്വത്വം അശ്വത്വം എന്ന് അശ്വത്വം ഇത് അശ്വത്വം എന്ന് പറഞ്ഞാൽ നാളെ നിലനിൽക്കാത്തത് എന്നാണ് അശ്വത്വം പ്രാഹുഹു പറയപ്പെടുന്നു യസ്യ പർണാനി യസ്യ യാതൊന്നിന്റെ യസ്യ എന്ന് പറഞ്ഞാൽ ഈ അശ്വത്ഥ്യ വൃക്ഷത്തിന്റെ പർണാനി പർണങ്ങൾ ഇലകൾ ചന്താംസിന്തസ്സുകളാകുന്നു ഛന്ദസുകൾ എന്ന് പറഞ്ഞ വേദങ്ങൾ എന്നാണ് ആരാണോ യഹ യാതൊരുവനാണോ തം വേദ ഇതിനെ അറിയുന്നത് സഹ വേദവിത് അവൻ വേദവിത് എന്ന് പറയുന്നു അപ്പം നമ്മള് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അദൃഷ്ടമായ ഈ എന്താ പ്രപഞ്ചത്തിൻ്റെ മൂല പോയിട്ട് ഈ ദൃഷ്ടമായ പ്രപഞ്ചത്തെ കാണാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത് അതാണ് ഒന്നാമത്തെ ശ്ലോകത്തെ നമ്മൾ അങ്ങനെയാണ് കാണേണ്ടത് അത് ഭഗവാൻ ഇപ്പൊ നമ്മുടെ മുൻപിൽ ഒരു ഒരു ചിത്രം തെളിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒന്ന് നിൽക്കണമല്ലോ മനസ്സ് അല്ലെങ്കിൽ ഇതിപ്പോ എടുത്ത് എടുത്തു മാറ്റേണ്ടതുണ്ട് ഈ കൽപ്പനകളൊക്കെ എടുത്തു മാറ്റണം എടുത്തു മാറ്റാതെ ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലുള്ള വൃക്ഷത്തിന്റെ ചിത്രം കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി തൂക്കരുത് എന്ന് പറയാം കാരണം ഇങ്ങനെ തലകീഴായിട്ടുള്ള പോസ്റ്ററൊക്കെ ഉണ്ട് ഈ അശ്വത്ഥ വൃക്ഷത്തിന്റെ അടിയിൽ ശ്ലോകങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഈ കാണുന്ന കൽപ്പന പോലും എന്താണ് ഇതിലൂടെ നമ്മൾ ആ ശ്ലോകം ഓർമ്മ വേണം ആത്മാനം രഥിനം വിദ്യി ശരീരം അടുത്ത ശ്ലോകം കൂടെ ചൊല്ലിയിട്ട് നമുക്കൊന്നുകൂടെ ആദ്യം മുതൽ ഒന്ന് വരേണ്ടത് കുറച്ച് ചെറിയൊരു ഗഹനമായിട്ട് തോന്നാം എന്നാലും സ്വാമി കഴിയുന്നത്ര അതിനെ ലളിതമാക്കാൻ ശ്രമിക്കാം ഗുണപ്രവൃത്താ വിഷയ ഈ പതിനഞ്ചാം അധ്യായം മനസ്സിലാക്കുന്നതിന് മനസ്സിനെ ഒന്ന് സൂക്ഷ്മമാക്കേണ്ടതുണ്ട് അതായത് പറയ പറയട്ടെ പറയുന്നു അധശ് ഊർധ്വം പ്രസൃത തയ്യാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാള അധി അനുസന്ധതാണി കർമാനുബന്ധീനി മനുഷ്യലോകേ ഗുണപ്രവൃത്താഹുണങ്ങളാൽ പ്രവൃദ്ധമായ ഗുണങ്ങളാൽ പുഷ്ടിപ്പെട്ടിട്ടുള്ള വിഷയപ്രവാളാഹ വിഷയങ്ങളാകുന്ന തളിരുകളോടുകൂടിയിട്ടുള്ള തസ്യശാഖാഹ അതിൻ്റെ ശാഖകൾ അധ താഴോട്ടും ഊർധ്വം മുകളിലോട്ടും പ്രസൃതാഹ വ്യാപിച്ചതാണ് അതിൻ്റെ ശാഖകൾ മുകളിലേക്കും താഴേക്കും വ്യാപിച്ചതാണ് കർമാനുബന്ധീനി കർമ്മങ്ങളാ കർമ്മബന്ധമുണ്ടാക്കുന്ന മൂലാനി വേരുകള് അത താഴെ മനുഷ്യലോകെ അനുസന്ധാനി ച സർവവ്യാപകത്വേന സർവ സർവപ്രകാരത്തിലും വ്യാപിച്ചിരിക്കുന്ന അതുപോലെ സർവകാരണത്വേന സർവത്തിനും കാരണമായിരിക്കുന്നതിനാൽ ച പരം ബ്രഹ്മ പരം ബ്രഹ്മത്തെ പരമായിരിക്കുന്ന ബ്രഹ്മത്തെ उच्यम अथस्ोर्धता तस्खा गुण प्रवृत् विषय प्रवाला अथ मूला कर्माबंधी मनुष्यलोक ഈ പതിനഞ്ചാം അധ്യായം മനസ്സിലാക്കുന്നതിന് മനസ്സിനെ ഒന്ന് സൂക്ഷ്മമാക്കേണ്ടതുണ്ട് അതായത് പറയ പറയട്ടെ പറയുന്നു അധശ് ഊർധ്വം പ്രസൃത തസ് ശാഖാ ഗുണപ്രവൃദ്ധാ വിഷയപ്രവാളാ അധാതി അനുസന്ധതാനി കർമാനുബന്ധീനി മനുഷ്യലോകെ ഗുണപ്രവൃദ്ധാ ഗുണങ്ങളാൽ പ്രവൃദ്ധമായ ഗുണങ്ങളാൽ പുഷ്ടിപ്പെട്ടിട്ടുള്ള വിഷയപ്രവാളാഹ വിഷയങ്ങളാകുന്ന തളിരുകളോടുകൂടിയിട്ടുള്ള തസ്യശാഖാഹ അതിൻ്റെ ശാഖകള് അധ താഴോട്ടും ഊർധ്വം മുകളിലോട്ടും പ്രസൃതാഹ വ്യാപിച്ചതാണ് അപ്പൊ ശാഖകൾ മുകളിലേക്കും താഴേക്കും വ്യാപിച്ചതാണ് കർമാനുബന്ധീനി കർമ്മങ്ങളാ കർമ്മബന്ധമുണ്ടാക്കുന്ന മൂലാനി വേരുകൾ അത് താഴെ മനുഷ്യലോകെ അനുസന്ധാനിച്ച സർവവ്യാപകത്വേന സർവ സർവപ്രകാരത്തിലും വ്യാപിച്ചിരിക്കുന്ന അതുപോലെ സർവകാരണത്വേന സർവത്തിനും കാരണമായിരിക്കുന്നതിനാൽ ച പരം ബ്രഹ്മ പരം ബ്രഹ്മത്തെ പരമായിരിക്കുന്ന ബ്രഹ്മത്തെ ഊർധ്വം ഇതി ഉച്ച ഊർധ്വം എന്ന് പറയപ്പെടുന്നു അപ്പൊ ഊർധ്വം എന്നാൽ എന്ത് പരംബ്രഹ്മ അതായത് ഏറ്റവും മുകളിൽ ഉയർന്നു നിൽക്കുന്നത് ഇവിടെയാണ് ഈ വൃക്ഷത്തിൻ്റെ പേര് അതിൻ്റെ ശാഖയാണ് ഇവിടെ താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഇനിയോ ഇവിടെ തന്നെ ഈ വൃക്ഷത്തിന്റെ ശാഖകള് ജീവവൃക്ഷത്തിന്റെ ശാഖകള് മുകളിലേക്കും താഴേക്കും ഉണ്ട് അതെന്താ അത് അങ്ങനെ അങ്ങനെയാണ് ഇവിടെ തന്നെ രണ്ട് തരക്കാരുണ്ട് എന്ന് പറയുന്നു ആരൊക്കെയാണ് ഊർധ്വമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമകളും അധോമുഖ വ്യക്തിത്വത്തിൻ്റെ ഉടമകളും ഊർധ്വമുഖം ഊർധ്വമുഖം എന്ന് പറഞ്ഞാൽ അറിയാലോ ഊർധ്വമുഖം എന്ന് പറഞ്ഞാൽ കുറച്ച് അവരുടെ മുഖം മുകളിലേക്ക് അതോമുഖം എന്ന് പറഞ്ഞാലോ താഴേക്ക് അവരെപ്പോഴും താഴേക്ക് നോക്കിക്കൊണ്ടാണ് അല്ല അഥമ വികാര വിചാരങ്ങളാൽ ജീവിതത്തെ നയിച്ചു പോരുന്ന ആളുകളെയാണ് അധോമുഖ വ്യക്തിത്വം എന്ന് പറയാം ഊർധ്വമുഖം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉന്നതമായ ഉദാത്തമായ ചിന്തകളുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്ന ആളുകൾ ഇങ്ങനെ ഈ ലോകം തന്നെ രണ്ട് വിധത്തിലാണ് ഇതിൻ്റെ ശാഖകൾ അതാണ് ഒന്നും ഇനി ഇതിൻ്റെ വേര് ഏറ്റവും മുകളിലാണെന്ന് പറഞ്ഞു ഇതിൻ്റെ എന്താ ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ ശാഖകൾ മുകളിലും താഴെയായിട്ടാണെന്ന് പറഞ്ഞു അതിനിവിടെ ഭഗവാൻ പറയുന്നത് പർണ്ണങ്ങൾ പർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലകൾ എന്താണ് അത്ര വേദങ്ങളാണെന്ന് പറഞ്ഞു ഇലകൾ എന്ന് പറഞ്ഞാൽ പർണ്ണം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ പ്രണതി ഇതി പർണ്ണഹ എന്നാ പ്രണതി എന്ന് പറഞ്ഞാൽ നിറയ്ക്കുന്നത് എന്നാണ് തൃപ്തിപ്പെടുത്തുന്നത് നിറയ്ക്കുന്നത് ഇതൊക്കെയാണ് അപ്പം വേദങ്ങളെ കൊണ്ടൊരുവൻ വേദങ്ങളാൽ നിറയണം ഈ വൃക്ഷം അപ്പൊ ജീവിതമാകുന്ന വൃക്ഷം നമ്മളൊരു വൃക്ഷമാണെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ ഇലകൾ എന്തായിരിക്കണം വേദങ്ങളായിരിക്കണം അപ്പൊ ഈ ഈ അധ്യായം വളരെ ഈ അധ്യായം ഒരുപാട് പറയാനുണ്ട് പിന്നെ ഭാവന വേണം ഭാവന കൊണ്ട് നിങ്ങൾ എടുത്തുകൊള്ള അപ്പം ഇലകളാണല്ലോ ഇലകളിലാണല്ലോ വൃക്ഷം എല്ലാം ചെയ്യുന്നത് എന്താ വൃക്ഷം ചെയ്യുന്നത് ഇലകളെ കൊണ്ട് ഇലകളിൽ ആണ് അത് ആകിരണം എന്താ പറയുക സൂര്യൻ്റെ പ്രകാശത്തെ ആകിരണം ചെയ്യുന്നത് അല്ലെ അവിടെയാണ് അതിൻ്റെ അത് എല്ലാം എന്താ പറയുക പാചകം നടക്കുന്നത് അതാണ് അതിൻ്റെ അടുക്കള എന്ന് പറയും പാചകം നടക്കുന്നത് അതതിൻ്റെ കേന്ദ്രമാണ് വൃക്ഷത്തെ സംബന്ധിച്ച് വൃക്ഷം നിലനിൽക്കുന്നുണ്ടോ അല്ലെങ്കിൽ വൃക്ഷത്തിന് അതാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റുന്നുണ്ട് ഇല മാറ്റുന്നുണ്ട് അല്ലേ അതെന്താണ് അത്ര വേദങ്ങളാണ് നമ്മളെ സംബന്ധിച്ച് വേദത്തിന് വൃക്ഷത്തിൻ്റെ ഇലയുടെ പ്രാധാന്യം നാം വേദത്തിന് കൊടുത്തിട്ടുണ്ടോ അത് വലിയ ഗംഭീരമാണ് അത് കൊഴിഞ്ഞു പോകേണ്ടതുമാണ് ഇപ്പൊ നമ്മൾ അങ്ങനെയല്ല വേദത്തെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക വെറുതെ അതുകൊണ്ട് അച്ചാച്ചന്റെ ഋഗ്വേദ ഇപ്പോഴും ഉണ്ട് കൊച്ചുമോൻ ഉപയോ ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ അച്ചാച്ചൻ വെച്ച ബുക്ക് മാർക്ക് അത് അങ്ങനെ തന്നെ ഇപ്പോഴും ഇരിക്കുക അനക്കിയിട്ടില്ല അത് അച്ഛനൊന്ന് ഇടക്കിയെന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അന്ന് അച്ഛന് ജലദോഷം പിടിച്ചപ്പോ അവിടെ തന്നെ വെച്ചു അങ്ങനെയല്ല അത് കൊഴിഞ്ഞു പോകും ഇലകൾ കൊഴിയും എന്തിനാണ് പുതിയ ഇലകൾ വരാൻ വേദം എന്ന് പറഞ്ഞാൽ അറിവ് തന്നെയാണ് ആ അറിവ് അങ്ങനെ അങ്ങനെ തിളങ്ങി നിൽക്കണം അറിവിലാണ് എല്ലാ പരിപാടികളും നടക്കുന്നത് വേദം എന്ന് പറഞ്ഞാൽ വിധുധാതുവിന് ജ്ഞാനേ എന്നാണ് അറിവ് അപ്പൊ നമ്മളെ ഒരു വൃക്ഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ വൃക്ഷത്തിൻ്റെ ഇലകൾ വേദങ്ങളായിരിക്കട്ടെ യസ്യ പർണാനി ചന്താംസി ചന്ദസുകളാണ് ുണങ്ങളാൽ പ്രവൃദ്ധം എന്ന് പറയുമ്പം നമ്മളെ തീരുമാനിക്കുന്നത് ഗുണങ്ങളാണ് നമ്മൾ എന്താണെന്ന് തീരുമാനിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗുണങ്ങളാണ് അത്ര എന്താ ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് ഈ കുട്ടിയെ ഗുണ കുട്ടിയെ ഗുണപാഠം ഇതിന്റെ ഗുണപാഠം എന്താണ് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുമല്ലോ ഗുണപാഠം എന്താണ് കുട്ടിയോട് പറഞ്ഞു കുട്ടിയെ ഗുണങ്ങള് പഠിപ്പിക്കുക ഈ ഭിക്ഷക്കാര് ഈ കുട്ടിക്ക് എന്ത് കണ്ടാലും ആരെന്ത് കഴിക്കുന്നത് കണ്ടാലും ഉടനെ കൈ നീട്ടും അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായി എന്നിട്ട് അവരുടെ അടുത്ത് മേടിച്ചു കഴിക്കും അപ്പൊ അത് പുറത്തൊക്കെ പോകുമ്പോ വലിയ ബുദ്ധിമുട്ടാ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോഴേ അപ്പൊ കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പം ഇവരെന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ബിസ്ക്കറ്റ് തുറക്കുമ്പോഴേക്കും അവൻ അങ്ങനെ നോക്കാം വേർക്കൊരു വിഷമാണ് അങ്ങോട്ട് കഴിക്കാൻ അതാ ഒരെണ്ണം അങ്ങോട്ട് നീട്ടും അപ്പം ഈ നേട്ടുന്നത് കുട്ടി വേഗം മേടിക്കും പക്ഷേ നമ്മുടെ കുട്ടിയാണെങ്കിൽ നമുക്കതൊരു വല്ലാത്തൊരു ഇൻസൾട്ടിങ്ങാണ് അല്ലേ കുട്ടി അങ്ങോട്ട് കഴിയിട്ട് മേടിക്കുന്ന അപ്പം അതുകൊണ്ട് വേണ്ട എന്ന് പറയും അവനിപ്പോൾ കഴിച്ചതേയുള്ളൂ അതാണ് അവൻ കൺഫ്യൂഷനാകുന്നത് ഞാൻ ഇപ്പം കഴിച്ചിട്ടില്ലല്ലോ എന്ന് അത് വേറൊരു കാര്യം കഴിയുന്നു നിങ്ങളങ്ങനെ കൊടുക്കരുത് തെറ്റാണത് ഏ കൊടുക്കാൻ പാടില്ല ഇനി കൊടുക്കണമെങ്കിൽ അമ്മയോട് അമ്മയോട് ചോദിക്കണം അല്ലെങ്കിൽ അമ്മയോട് കൊടുക്കണം അങ്ങനെ വേണം പിന്നെ നിങ്ങൾ അത്രയും അടുക്കണം അങ്ങനെയുള്ളവരാണ് കുഴപ്പമില്ല നമുക്ക് പലതും അറിയില്ല എന്ന് പറയാം കാരണം ഒരു നിങ്ങളെ ഒരു പരിചയമില്ല അവർക്ക് അവരുടെ കുട്ടിക്ക് പലതും പല പല തീരുമാനം എടുത്തിട്ട് പല രീതിയിൽ വളർത്തുന്ന കുട്ടികളും അതും ഇതൊക്കെയായിരിക്കാം ചിലപ്പോൾ എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കണ്ട അപ്പോൾ അവരാണ് ഇത് നിശ്ചയിക്കുന്നത് അവരുടെ കുട്ടിക്ക് നിങ്ങളിത് ഉടനെ അങ്ങോട്ട് എടുത്ത് ഇതാ പറഞ്ഞാൽ കഴിച്ചോ വായ അങ്ങോട്ട് തുറക്കും ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടിയെപ്പോലെ എന്നാ നമ്മുടെ കുട്ടി ഉണ്ട് അതിനെ ഒന്നും കൊടുക്കാതിട്ടിരിക്കുക അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് അപ്പോൾ ഇവന് ക്ലാസ് കൊടുത്തു അമ്മ എന്താ ക്ലാസ് ഇങ്ങനെ അതും ഇതൊന്നും മേടിക്കരുത് കഴിക്കരുത് പ്രത്യേകിച്ച് വിഷക്കാരൊക്കെ ഇല്ലേ വിഷക്കാരോടൊന്നും നീ ഇത് മേടിച്ച് കഴിക്കാൻ പാടില്ല വിഷക്കാർ അപ്പം ചോദിച്ചു അമ്മ ചോദിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് വിഷക്കാർ റൊട്ടി തന്നാൽ നീ മേടിക്കൂ എന്ന് അപ്പാവം പറഞ്ഞു അതെന്താ അതിൽ ജാമ്യില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഞാൻ അവനെ സംബന്ധിച്ച് പഠനം ശരിയായിട്ടില്ല ഗുണങ്ങളാണ് നമ്മളെ തീരുമാനിക്കുന്നത് ഓർത്തുള്ള അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു എന്താണ് ഗുണപ്രവൃത്താഹ ഗുണങ്ങളാൽ പ്രവൃദ്ധമായ അതുകൊണ്ട് എന്താ രാമകൃഷ്ണദേവൻ പറയും ഒരു ചോയ്സ് ഉണ്ട് രാമകൃഷ്ണദേവൻ പറയുന്നത് പറയും ഒന്നുകിൽ മുറമാകാം അല്ലെങ്കിൽ അരിപ്പയാകാം മുറത്തിൻ്റെ ഗുണം മുറം എന്താ ചെയ്യുന്നത് അത്ര മുറം മുറത്തിലിട്ട് പേറ്റാന്നോ എന്താ നിങ്ങൾ പറയുക അതെ അത് തന്നെ അതിങ്ങനെ ഈ അരി ഗോതമ്പ് പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത് മുറം നല്ലതിനെ സൂക്ഷിക്കും എന്നിട്ട് അനാവശ്യമായതിനെ പുറന്തള്ളൂ വേണമെങ്കിൽ അതാവാം പിന്നെയോ രാമകൃഷ്ണദേവൻ പറയുന്നത് അരിപ്പയാണ് അരിപ്പ ചെയ്യുന്നത് മോശപ്പെട്ടതിനെ സൂക്ഷിക്കും നല്ലതിനെ പുറന്തള്ളൂ അരിപ്പ വേണോ മുറം വേണോ തീരുമാനിച്ചുള്ളൂ നമുക്ക് എന്ത് വേണമെങ്കിലാവാം ഒന്നുകിൽ നമുക്ക് അരിപ്പയാവാം അല്ലെങ്കിൽ മുറാവ ഞാൻ അരിപ്പിയ സ്വാമി ഞങ്ങനെ എല്ലാം അരിച്ച് എടുത്തിട്ടേ ചെയ്യൂ എന്ന് പറയുക അപ്പൊ ഗുണങ്ങളാണ് നമ്മളെ തീരുമാനിക്കുന്നത് അപ്പൊ ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ സാധനങ്ങളെ ശേഖരിക്കുന്നതും പുറത്തേക്ക് ഇവിടെ പറയുന്നു ഗുണപ്രവൃത്താഹ ഗുണങ്ങളാൽ പ്രവൃദ്ധമായ ഗുണങ്ങളാൽ പ്രവൃദ്ധമായ വിഷയപ്രവാളാഹ അത് വിഷയങ്ങളാകുന്ന തളിരുകൾ ആ തളിരങ്ങനെ എന്ത് എന്താവും അതങ്ങനെ ബലം പിടിച്ച് അത് ശാഖയാവും ഗുണങ്ങൾ അതിൻ്റെ തളിരുകൾ അതിനോട് നമ്മുടെ സമീപനം എന്നിട്ടോ തസ്യശാഖാഹ അതിൻ്റെ ശാഖകൾ അത മുകളിലേക്കും പിന്നെ ഊർധ്വം ഊർധ്വം അത താഴേക്ക് ഊർധ്വം മുകളിലേക്ക് അപ്പം ഗുണങ്ങളാണ് ഒരുവനെ മുകളിലേക്കും താഴേക്കും കൊണ്ടുപോകണം മുകളിലേക്ക് പോണ ഗുണം മുറം സ്വീകരിച്ചവൻ മുകളിലേക്കും അരിപ്പ സ്വീകരിച്ചവൻ താഴേക്ക് ശ്ലോകം ലളിതമാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഇനി ശങ്കരാചാര്യ സ്വാമികൾ പറയുന്നത് മുകളിലേക്ക് എന്ന് പറയുമ്പം ബ്രഹ്മാദി ലോകങ്ങളേഴ് മുകളിലേക്ക് അതാന്ന് പറയുമ്പം മനുഷ്യലോകം മുതൽ താഴേക്കുള്ള പാതാളം വരെയുള്ള ലോകങ്ങളെക്കുറിച്ച് പറയും അതായത് അനുഭവ ഓരോരുത്തരും വിരാജിക്കുന്ന അനുഭവ മണ്ഡലങ്ങൾ മുകളിലും താഴെയുമാണ് ചിലരെപ്പോഴും താഴെ തന്നെയുള്ളൂ അവർക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തു കഴിഞ്ഞാൽ ഒഴിഞ്ഞ ഭാഗം കാണും മറ്റവരോ നിറഞ്ഞ ഭാഗം കാണും രണ്ടുപേരും ഒരേ ലോകത്താണ് പക്ഷെ കാഴ്ചയില് അവര് ലോകത്തെ സ്വീകരിക്കുന്നതില് മാറ്റങ്ങളുണ്ട് എന്ന് പറയാം തസ്യശാഖാ അതിന്റെ ശാഖകൾ കൊമ്പുകൾ അത ഊർധ്വം ച പ്രസൃതാഹ വ്യാപിച്ചതാണ് എന്തുകൊണ്ട് കർമാനുബന്ധീനി കർമ്മങ്ങളാകുന്ന ബന്ധങ്ങളെ കൊണ്ട് അത മനുഷ്യലോകെ ഈ മനുഷ്യലോകത്ത് അനുസന്ധതാനി അതങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നുവെന്ന് പറയാ നമുക്ക് മുൻപിലേക്ക് പോവാം എന്താപ്പൊ ഈ വൃക്ഷത്തെ കൊണ്ട് ചെയ്യേണ്ടത് എന്നൊക്കെ അടുത്ത രണ്ട് ശ്ലോകം ഒരുമിച്ചാണ് േണ ദൃഢേന ചിക്വാ തീമാർവ്യം എസ് ഗതാ നിവർത്ത ഭൂയ തമേ ഛാദ്യം പുരുഷം പ്രപത്തെ യുണ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു ശബ്ദാദി വിഷയങ്ങൾ തളിരുകളാണ് വിഷയപ്രവാളാഹ അപ്പൊ ഈ ശബ്ദാദി വിഷയങ്ങളോട് നാം പ്രതികരിക്കുന്നതിന് അനുസരിച്ചാണ് ഈ തളിരുകൾ എന്താവുന്നത് ഫലം പ്രാപിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും അപ്പൊ നമ്മുടെ പ്രതികരണം നമ്മുടെ ഇതൊരു എന്താണെന്നറിയാം വിത്ത് പൊട്ടി വൃക്ഷമാവുക ആര് നമ്മൾ വളരെ രസമാണത് ഒരു ചെറിയ വിത്ത് പൊട്ടിയതാണ് ഒരു ചെറിയ കുട്ടി ആ കുട്ടി വലുതായി ഇതാ ഇന്ന് വന്ന് കസേരയിൽ ഇരുന്ന് അഖണ്ഡ ഗീതാജ്ഞാന യജ്ഞം കേൾക്കുന്നത് ഒന്ന് ഭാവന ചെയ്തോളൂ എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇതാ അവൻ ശബ്ദാദി വിഷയങ്ങളോട് എങ്ങനെയാണ് പ്രതികരിച്ചത് ഓരോ ശബ്ദാദി വിഷയങ്ങളോടും അഞ്ച് വിഷയങ്ങളോടും അത് പ്രതികരിച്ച് പ്രതികരിച്ച് അതിൻ്റെ ആ പ്രതി എന്താ പ്രതികരണം അവനിൽ എന്തുണ്ടാക്കി അവളിൽ അല്ലെങ്കിൽ അവനിൽ അനുകൂല പ്രതികൂല പ്രതികരണം ഉണ്ടാക്കി ഇതാണ് അവന്റെ കൊമ്പും ശാഖയും ഒക്കെയായത് ഇതാണ് മുകളിലേക്കും താഴേക്കും ഒക്കെ പടർന്ന് പന്തലിച്ച് കർമ്മങ്ങളാകുന്ന വേരുകളായിട്ട് മുകളിലും താഴെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നത് തുടർന്ന് പറയുന്നു ഇഹ നൂപമസ്യ ഇഹ തഥാ ഉപലഭ്യതേ ന അന്തഹ ന ഷ്ടശ്വത്ഥം എനം സുവിരുടമൂലം അസംഗശസ്ത്രേണ ദൃഢേന ചിത് തത പദം തത് പരിമാർതൃം യൻ ഗതാ നവർത്തൂയം പുരുഷം പ്രപത്യേ യസൃത പുരാണി അർജുന സ്യരൂപം ന ഉപലഭ്യതേ ഇവിടെ ഈ സംസാര വൃക്ഷത്തിൻ്റെ ഇതിൻ്റെ രൂപം സ്വരൂപം ന ഉപലഭ്യതേ ഇങ്ങനെ സാധനം കിട്ടൂല എന്നാ ശരി എവിടെയെങ്കിലും ഇങ്ങനെ നോക്കിക്കളയാം എന്ന് അർജുനൻ വിചാരിച്ചുവെങ്കിൽ ഇല്ല ഇങ്ങനെ വൃക്ഷത്തെ നോക്കിയാൽ കാണില്ല അതുകൊണ്ട് ഭഗവാൻ കൈ കഴുകി എന്ന് പറയാം കാര്യം പറഞ്ഞിട്ട് കൈ കഴുകി ഈ വൃക്ഷം കാണില്ല അതാണ് സൻമാസ്റ്റർ ശിഷ്യ ശിഷ്യനോട് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ രൂപം വരാൻ പാടില്ല ചിത്രം വരയ്ക്കണം എന്താ ചിത്രം പശു പുല്ലു തിന്നുന്നത് ശിഷ്യൻ വരച്ചു ഭംഗിയായിട്ട് അല്ലേ ഒന്നും വരച്ചില്ല ഗുരു ചോദിച്ചു എവിടെ പശു പോയി എവിടെ പുല്ല് പശു തിന്നു കഴിഞ്ഞു ചിത്രമില്ല അതുകൊണ്ട് ഭഗവാൻ ഇവിടെ പറയുന്നു ന രൂപം ഈ ഇഹ അസ്യ രൂപം ന ഉപലഭ്യതേ ഇവിടെ ഇങ്ങനെയൊരു രൂപം കിട്ടില്ല സ്ഥൂലമായിട്ട് നോക്കിയാൽ കാണില്ല അതുകൊണ്ടൊരു വൃക്ഷം വരയ്ക്കാൻ ശ്രമിക്കേണ്ട എന്ന് പറയാം അപ്പൊ ഇത് മനസ്സുകൊണ്ട് അറിയാൻ ശ്രമിക്കുക ആദിഹി നന്തഹ ഇതിന് ഒരു ആദി ഉൽപ്പത്തി ആരംഭം ന അന്തഹ നാശവും ന സമ്പ്രതിഷ്ഠ നച സ്ഥിതിയും അറിയപ്പെടാവുന്നതല്ല എന്ന് പറയാം അറിയപ്പെടുന്നില്ല ഇതിൻ്റെ ആദി ഇതിൻ്റെ അന്തം ഇതിൻ്റെ മദ്യം അറിവിന് വിഷയമല്ല അതായത് അറിയപ്പെടാൻ പറ്റില്ല സ്ഥൂല ബുദ്ധിക്ക് വിഷയമല്ല ഇത്രയുള്ളൂ എന്തുകൊണ്ടെന്നാല് സുവിരൂഢമൂലം ഏനം അശ്വത്വം സുവിരൂഢമൂലം ഇത് ഈ വേര് ഇതിന്റെ മൂലം വേര് അങ്ങേയറ്റം ഉറച്ചതാണ് സുവിരൂഢമൂലം ഏനം അശ്വത്ഥം ഈ സംസാരമാകുന്ന അശ്വത്ഥത്തെ അപ്പൊ ഈ അശ്വത്ഥ വൃക്ഷത്തിന്റെ വേര് കണ്ടിട്ടുണ്ടോ മറ്റ് വൃക്ഷത്തിന്റെ വേരുകളെ പോലെയല്ല അത് അതിൻ്റെ ആ തടയിൽ തന്നെ കാണാം അതൊന്നിൽ കയറി ഇറങ്ങി കയറി ഇറങ്ങി പാമ്പ് പോലെയൊക്കെ തോന്നും രാത്രി കണ്ടുകഴിഞ്ഞാൽ അമ്മനെ പോലെയാണ് അതിൽ എതിലെയൊക്കെ കയറി കയറി ഇറങ്ങി അടിയിലേക്ക് മണ്ണിൻ്റെ അടിയിലേക്കും പോകുന്നത് അങ്ങനെയാണ് മറ്റ് വൃക്ഷങ്ങളിൽ അങ്ങനെയൊരു പോക്ക് കാണില്ല നമ്മുടെ കർമ്മങ്ങളും അങ്ങനെയാണ് കർമാനുബന്ധീനി എന്നല്ലേ നമ്മുടെ ഓരോ കർമ്മം ഒന്നും ഇരുക്കഴിച്ചിങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അടുത്തത് കയറി പിടിച്ചിട്ടുണ്ടാവും അല്ലേ റിട്ടയർമെൻറ്റിന് ശേഷം ഒക്കെ ഒന്ന് സ്വസ്ഥമായി എന്ന് വിചാരിച്ച് ആ റിട്ടയർമെൻ്റ് മുറിഞ്ഞു അവിടുന്ന് മുറിച്ചതാണ് എല്ലാവരും കൂടെ എന്നിട്ടിങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് മോപ്പര് എന്തായത് കരയോഗത്തിന്റെ പ്രസിഡന്റ് ആയത് ഏതെങ്കിലും കരയോഗം ഒരുപാടുണ്ടല്ലോ എന്തെങ്കിലും സംതിങ് പ്രസിഡന്റ് എന്നാൽ ശരി രണ്ടു വർഷം അതിൽ ഇരുന്ന് കളയാം അപ്പോഴേക്ക് ഒരുപാട് പേരുകൾ പിടിച്ചു അതിന്റെ എക്സ്റ്റെൻഷൻ പണി ആ പണി ഈ പണി അവരുമായിട്ടുള്ള കോൺട്രാക്ട് അത് ഇത് പണം പിരിവ് ഇതൊക്കെ നടത്തേണ്ടത് മറ്റത് മറിച്ചത് ഇതുവരെ വീട്ടിലെ കാര്യങ്ങളൊക്കെയായിരുന്നു പിടിച്ചു എന്ന് പറയാം എന്നാൽ ശരി എല്ലാം കൂടെ മതിയായി മതിയാക്കാം എന്ന് വിചാരിച്ചു പോന്നപ്പോഴാണ് അടുത്ത കൂട്ടർ ഇങ്ങോട്ട് വരൂ സാറ് എന്ന് പറഞ്ഞു അവിടെ പിടിച്ചു ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായി ചുറ്റി കെട്ടി പിണഞ്ഞ് പിണഞ്ഞ് കിടക്കുന്നത് കാണുമ്പം ഓർത്തുകൊള്ളുക ഇത് എന്റെ ചിത്രം തന്നെയാണ് എങ്ങനെ അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാലും പറ്റാതെ അഴിക്കാൻ കിട്ടാതെ കിടക്കണം ആദി ഉൽപ്പത്തി ആരംഭം ന അന്തഹ നാശവും ന സമ്പ്രതിഷ്ഠ നിതിയും അറിയപ്പെടാവുന്നതല്ല എന്ന് പറയാം അറിയപ്പെടുന്നില്ല ഇതിന്റെ ആദി ഇതിന്റെ അന്തം ഇതിന്റെ മദ്യം അറിവിന് വിഷയമല്ല ഇത് അറിയപ്പെടാൻ പറ്റില്ല സ്ഥൂല ബുദ്ധിക്ക് വിഷയമല്ല ഇത്രയുള്ളൂ എന്തുകൊണ്ടെന്നാല് സുവിരൂഢമൂലം ഏനം അശ്വത്വം സുവിരൂഢമൂലം ഇത് ഈ വേര് ഇതിൻ്റെ മൂലം വേര് അങ്ങേയറ്റം ഉറച്ചതാണ് സുവിരൂഢമൂലം ഏനം അശ്വത്ഥം ഈ സംസാരമാകുന്ന അശ്വത്ഥത്തെ ഭഗവാൻ പറയുന്നു ദൃഢേന ദൃഢേന എന്ന് പറഞ്ഞാൽ നല്ല ബലത്തോടുകൂടിയിട്ടുള്ള ബലപ്പെടുത്തിയിട്ടുള്ള അസംഘശസ്ത്രേണ സംഗമാകുന്ന ശസ്ത്രം കൊണ്ട് ചിത്ത ഛേദിക്കേണ്ടതുണ്ട് അത് ഈ ഭാഗം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്തിനാണ് ഭഗവാൻ ഈ വൃക്ഷത്തെ ഇവിടുന്ന് ഇതിൻ്റെ വേര് ഇത്തരത്തിലുള്ള വേര് ഇവിടെയുള്ള വേരിനെ ഛേദിക്കാൻ പറഞ്ഞത് ഇവിടുന്ന് ഇതിനെ ഛേദിച്ചു കഴിഞ്ഞാലേ ഇതിന് മുകളിലേക്കുള്ള ബന്ധം കിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ വൃക്ഷത്തെ ഇങ്ങനെ പറഞ്ഞത് മുകളിൽ നിന്ന് താഴേക്കും താഴേന്ന് മുകളിലേക്കുള്ള ഈ ശീ ശീർഷാസനം പറഞ്ഞത് ഇവിടെ ഒരു ബന്ധമുണ്ട് ഇത് ഇവിടെ വന്ന് ഈ കർമ്മബന്ധങ്ങളെ കൊണ്ട് പിടിച്ചു കിടക്കുന്ന ഇതിനെ ഛേദിക്കേണ്ടതുണ്ട് ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയാം ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതിനെ ഛേദിക്കാൻ പറയുന്നത് അപ്പൊ നമുക്കൊരു വിഷമം തോന്നും എന്തിനാ ഇതിനെ ഛേദിക്കാൻ പറയുന്നത് പറഞ്ഞിട്ടുള്ള ഉപകരണം എന്താണ് അസംഗമാകുന്ന ശാസ്ത്രം കൊണ്ട് ഭഗവാൻ യുദ്ധം പറയാ പതിനഞ്ചാം അധ്യായത്തിലാണ് നാലാം അധ്യായത്തിലൊരു യുദ്ധം പറഞ്ഞു അപ്പൊ ഇവിടെ പറയണം അസംഗമാകുന്ന ശാസ്ത്രം കൊണ്ട് അങ്ങനെ ഛേദിക്കേണ്ടി വരും എന്ന് സിദ്ധാർത്ഥ രാജകുമാരൻ്റെ കഥ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ഛേതനം സിദ്ധാർത്ഥൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയാം ഗർഭവതിയായിട്ടുള്ള ഗർഭിണിയായിട്ടുള്ള യശോധര രാഹുലൻ ലോകം കണ്ടിട്ടില്ല ആ കൊട്ടാരത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് കടക്കുമ്പം ചെയ്തത് ഇതാണ് അസംഗമാകുന്ന ശാസ്ത്രം എടുത്തു ഡിറ്റാച്ച്മെന്റ് ദൃഢയന ചിത്വ ഛേദിച്ചു എന്തിനായിട്ട് ആ ലോകത്തിന്റെ പ്രാപ്തിക്കായിട്ട് സിദ്ധാർത്ഥൻ അത് വേണ്ടി വന്നു എന്ന് പറയാ നിങ്ങൾക്കും വേണ്ടി വരും ആർക്കും വേണ്ടി വരും ഇപ്പൊ ആശ്രമത്തിൽ പഠിക്കാനും തുടർന്നുള്ള പ്രചരണമായിട്ട് ജീവിക്കേണ്ടി വരുന്ന സമയത്ത് നമുക്കും വീടൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എവിടെയെങ്കിലും ഒരു വെട്ടൽ ആവശ്യമാണ് അല്ലേ നമ്മളും ചില സമയത്തൊക്കെ വെട്ടുന്നില്ലേ എന്തിനാ ഒന്ന് വളരാൻ താഴ്ച്ചു വളരാൻ എന്ന് പറയാം ഇതിങ്ങനെ കാടുപിടിച്ചു കിടന്നാലോ അതിന് വളരാൻ പറ്റില്ല അപ്പൊ അസംഘം സംഘമാണ് വളർച്ചയെ മുരടിപ്പിക്കുന്നത് ഈ ജീവിത വൃക്ഷത്തിൻ്റെ സാഫല്യം അല്ലെങ്കിൽ ഈ വൃക്ഷത്തിന് ബ്രഹ്മവുമായിട്ട് എന്താ പറയുക ആ ബന്ധത്തെ ഉലയ്ക്കുന്നതിന് കാരണമായി ഭഗവാൻ കാണിക്കുന്നത് അല്ലെങ്കിൽ ഋഷി കാണിക്കുന്നത് വ്യാസര് കാണിക്കുന്നത് സംഘത്തെയാണ് അതുകൊണ്ട് അസംഘമാകുന്ന ശാസ്ത്രം കൊണ്ട് ഇതിനെ മുറിക്കണം എന്തിനാ മുറിക്കുന്നത് എന്നാണെങ്കിലോ മുറിച്ചതിന് ശേഷം ചിത്വാ മുറിച്ചതിന് ശേഷം തഥ അതിനു ശേഷം യഥ യാതൊന്നിൽ നിന്ന് യാതൊന്നാണോ പുരാണി പ്രവൃത്ത പുരാണി എന്ന് പറഞ്ഞാൽ പണ്ടേ പ്രവൃത്ത പണ്ടേ ഈ പ്രവൃത്തിക്കെല്ലാം ഈ സംസാരത്തിന് ഹേതുവായിട്ടുള്ള പ്രസൃത ഏതൊന്നിൽ നിന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം പ്രസൃതമായത് വ്യാപിച്ചത് ആ മൂലപ്രകൃതിയിൽ നിന്നാണല്ലോ വ്യാപിച്ചത് <reline> न, मार्चे मार्चे ം പുരുഷം ഏവാ ആ പരമപുരുഷനെ ആദ്യനായ ആ പുരുഷനെ പ്രപദ്ധ്യേ അഹം പ്രപദ്ധ്യ എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ ശരണം പ്രാപിക്കുന്നു എന്റെ ശരണാഗതിക്കായിട്ട് എനിക്കിത് മുറിക്കേണ്ടതുണ്ട് അപ്പൊ ലക്ഷ്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഏതൊരുവനും ചിലതുപേക്ഷിക്കേണ്ടതുണ്ട് ഇത് മാർച്ച് മാസമാണ് മാർച്ച് മാസത്തില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇവിടെ വന്നിരുന്ന ഗീതാജ്ഞാന യജ്ഞം കേൾക്കണം എന്ന ആഗ്രഹം അമ്മയോടോ അച്ഛനോടോ പറഞ്ഞാൽ അനുവദനീയമല്ല കാരണം അവനത് ഉപേക്ഷിക്കേണ്ടതുണ്ട് അവിടെ അല്ലെങ്കിൽ ചിലപ്പം പതിവിലും ഉറക്കം പതിവിലുള്ള ഉറക്കം ഉപേക്ഷിക്കേണ്ടതുണ്ട് മറ്റ് പലതിനെയും ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്തിന് അതിനെ സാക്ഷാത്കരിക്കുന്നതിനായിട്ട് ഈ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിനോ അതുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിച്ചേ മതിയാകും എന്ന് പറയാം ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ അപ്പുറത്ത് എന്നാണ് എതിരായിട്ട് എന്നല്ല എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഓർമ്മയിരിക്കും എന്ന് വിചാരിക്കണം ഇപ്പൊ പ്രസൃതാഹ തം ആദ്യം പുരുഷം ഏവ പ്രപത്തിയേ ആദ്യ പുരുഷനെ ശരണം അഹം ശരണം പ്രപത്തിയെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്തെന്നാല് യസ്മിൻ ഗദാഹ യസ്മിൻ യാതൊന്നിൽ ഗതാഹ എത്തിയിട്ടുള്ളവര് യാതൊന്നിനെ പ്രാപിച്ചിട്ടുള്ളവർക്ക് ഭൂയഹ ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും നിവർത്തന്തി എന്നാ നിവർത്തന്തി തിരിച്ചുവരവില്ലയോ എവിടെ എത്തിയാലാണോ തിരിച്ചുവരവില്ലാത്തത് തത് പദം പരിമാർഗിതവ്യം ആ പദത്തെ അന്വേഷിക്കേണ്ടതാണ് അതിനായിട്ടാണ് ഞാൻ ഇതിനെ മുറിക്കുന്നത് എന്ന് പറയാ ഇതിനെ മുറിച്ചേ മതിയാവും ചില നമ്മൾ നട്ടിട്ടുള്ള നല്ല ചെടികളൊക്കെ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നത് അതിലായിരിക്കും കാട്ടുവള്ളി കയറിയത് കാട്ടുവള്ളി എന്ന് നമ്മൾ പറയും ഒരു വള്ളി കയറി പിടിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും ആ വള്ളിയെ മുറിക്കും മുറിച്ചു കഴിഞ്ഞാലേ മറ്റതിന് നിലനിൽപ്പുള്ളൂ ഇതുപോലെ നമ്മൾ ചില കാട്ടുവള്ളിയെയൊക്കെ മുറിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഭഗവാൻ ഭഗവാൻ ഈ അസംഘശസ്ത്രം എടുത്തിട്ടുള്ള ആളാണ് അപ്പൊ ഇവിടെ ശസ്ത്രം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇന്ദ്രിയങ്ങൾ തന്നെയാണ് അതെ ഈ ഇന്ദ്രിയങ്ങളിലാണ് ഡിറ്റാച്ച്മെൻറ്റ് വേണ്ടത് അതുകൊണ്ട് ഭഗവാന്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ ഭഗവാൻ അങ്ങനെ അവതരിപ്പിച്ചു അതുകൊണ്ട് ഭഗവാന്റെ നേത്രകമലം നോട്ടം ഭഗവാൻ്റെത് എങ്ങനെയാണ് താമരനോട്ടമാണ് താമരനോട്ടം എന്ന് പറഞ്ഞാൽ ഒട്ടലില്ലാത്ത നോട്ടം എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേണം എന്ന ചിന്ത ഇല്ലായുക അല്ലേ നമ്മളൊക്കെ എന്തെങ്കിലും കാണുമ്പോൾ തരക്കേട്ടില്ലേ എവിടുന്ന് മേടിച്ചതാണ് എനിക്കൊന്ന് കിട്ടാൻ എന്താ വഴി അത് സംഘമാണ് അത് ഈ വേരിനെ കട്ടിക്കൂട്ടും അത് ഈ ബന്ധത്തെ ഇല്ലാണ്ടാക്കും അപ്പൊ നമ്മുടെ കമലം നമ്മുടെ നേത്രം കമലമായിരിക്കട്ടെ നമ്മൾ പങ്കജാക്ഷിയാവാൻ ഒരു ശ്രമം നടത്തും അതുപോലെ നമ്മുടെ പാദം പാദകമലം അല്ലേ പാദം കമലമാകട്ടെ അതുപോലെ തന്നെ കരം അല്ലെ ഹസ്തം കരകമലം അല്ലെ ഹസ്തകമലം അല്ലെ അതും കമലമാകട്ടെ മുഖം മൊത്തത്തിൽ മുഖം കമലമാകട്ടെ മുഖകമലം ഭഗവാന്റെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ നാഭീകമലം എല്ലാം കമലമാണ് ഭഗവാൻ മൊത്തം കമലമാണെന്ന് പറയാം അതുകൊണ്ട് പങ് എന്താ ീ അസംഘമാകുന്ന ശസ്ത്രം കൊണ്ട് അസ്ത്രം എന്ന് പറഞ്ഞാൽ വേറെ വലിയൊരു വാളൊന്നുമില്ല അസംഘം പേരെഴുതിയിട്ട് അസംഘം ഏതെങ്കിലും ഇങ്ങനത്തെ ആയുധം വിൽക്കുന്ന കടയിൽ പോയിട്ട് ഒരു അസംഘശാസ്ത്രം അങ്ങോട്ട് തരൂ എന്ന് പറഞ്ഞാല് അതില്ല അപ്പൊ അസംഘമാകുന്ന ശസ്ത്രം ഏത് എന്ന് സ്വാമി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ചിലപ്പം നമ്മൾ വിട്ടുപോകുമല്ലോ ഇതാണ് അസംഘമാകുന്ന ശാസ്ത്രം നമ്മുടെ നേത്രം നമ്മുടെ കൈ നമ്മുടെ കാല് പൂർണ്ണമായും അങ്ങനെ അസംഗമാകുന്ന ശസ്ത്രത്തിലൂടെ ഈ വൃക്ഷത്തെ മുറിച്ച് എന്തിനായിക്കൊണ്ട് എവിടെ എത്തിയാൽ തിരിച്ചുവരവില്ലയോ ആ പദത്തെ തത് പദം പരിമാർഗിതവ്യം അല്ലെങ്കിൽ അതിൽ എത്തേണ്ടതാണ് ഇവിടെ നേരത്തെ പറഞ്ഞു എന്താണ് യസ്മിൻ ഗത യാതൊന്നിലെത്തിയാൽ निर्माहा जितसंग दोषा अध्यात्म विवृत्त काम द्वंदुख ग्यमूा पदम व्यय तोहा जितसंग दोषा അധ്യാത്മനിവൃത്തമാവന്ദ്വൈ വിമുക്ത സുഖദദുഃഖസ അമൂഢാ പദം അവ്യയംം തത് നിർമാനമോഹാ നിർഗതം മോഹം ആരിൽ നിന്നാണോ മാനമോഹാഭ്യം നിർഗത മാനമോഹാഭ്യം മാനമോഹങ്ങൾ ഒഴിഞ്ഞിട്ടുള്ളവൻ ആര് അവനാണ് നിർമ്മാണമോഹാഹ നാണവുമാനുമില്ലാത്തവൻ എന്നല്ലേ അങ്ങനെയൊക്കെ ധരിച്ച് അങ്ങനെയൊക്കെ ധരിച്ചു കളി അതാണല്ലോ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ നൈഷ്കർമ്മ്യ സിദ്ധി അല്ലെങ്കിൽ നിഷ്കാമ ഭാവത്തെ പ്രാപിച്ചവന് ഓർമ്മപ്പെശകുമായിട്ടുള്ള അസുഖവുമായിട്ട് ബന്ധിപ്പിച്ചത് അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണെന്ന് പറയാം അപ്പം നിർമ്മാണമോഹാഹ മാനമോഹങ്ങൾ ഒഴിഞ്ഞത് എന്ന് പറയുമ്പം ഞാൻ എന്ന ചിന്ത വിട്ടിട്ടുണ്ട് എന്നെ അപമാനിച്ചു എന്നെ മാനിച്ചു എന്നുള്ളത് ഒഴിഞ്ഞിട്ടുള്ള ജിതസംഘദോഷാഹ സംഘദോഷങ്ങളിൽ നിന്ന് ജിതനായിട്ടുള്ളവൻ വിഷയാസക്തിയിൽ ത്യജിച്ചവൻ എന്ന് പറയുക കേട്ടിട്ടില്ലേ ഒരിക്കലും ഒരു രാജാവ് അയാൾ വല്ലാത്ത സംഘമുള്ളവനാണ് അപ്പം രാജാവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു എന്നാ എന്തോ ചോദിച്ച സമയത്ത് രാജാവ് പറഞ്ഞു ഞാൻ നിനക്ക് എത്ര വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞു ഏ എത്ര വേണമെങ്കിലും പറഞ്ഞു രാവിലെ സൂര്യൻ ഉദിക്കുമ്പം നടന്നോളാൻ പറഞ്ഞു ഒരു വടിയോ കൊടുത്തു രാജചിഹ്നുള്ള ഒരു വടി എന്നിട്ട് നടക്കുക എന്നിട്ടോ എത്ര നടക്കാൻ പറ്റുമോ അത്രയും നടന്നോളൂ ഇതാ ഇവിടുന്ന് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു വൈകുന്നേരമാവുമ്പം ഇവിടെ തിരിച്ചെത്തുക വൈകുന്നേരത്തിന് മുമ്പ് വൈകുന്നേരം സൂര്യനെ അസ്തമിക്കുമ്പോഴേക്കും ഇവിടെ എത്തണം എൻ്റെ മുൻപിൽ എത്തണം എന്നാൽ എത്ര വരെ നീ നടന്നു അവിടെ നിനക്കെത്രയാണോ ആവശ്യമുള്ളത് അവിടെ നീ കുറ്റി അങ്ങോട്ട് അറ്റിക്കുക അത്രയും ഭൂമി നിനക്കുള്ളതാണെന്ന് പറ കേട്ടപ്പോൾ തന്നെ അവനെ അത്ഭുതപ്പെട്ടു രാജാവിൻ്റെ കുറ്റിയാണേ വേറെ ഏതെങ്കിലും കുറ്റിയൊന്നുമല്ല രാജാവിൻ്റെ കുറ്റി വനെ ആ കുറ്റി അടിക്കാനുള്ള സാധനമായിട്ട് നടക്കാനല്ല ഓടാനാ തുടങ്ങി വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ വെള്ളം കുടിച്ചാൽ ഭൂമിയാണേ പോണത് ഓടിന ഓട്ടി ഓട്ടി ഓട്ടി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഉള്ള ഓട്ടമാണ് ഇങ്ങനെ ഉണ്ടാവും അവസാനമാണ് സൂര്യൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ താഴ്ന്നു തുടങ്ങി അപ്പോഴാണ് ആൾ സൂര്യാസ്തമയത്തിന് മുമ്പ് അവിടെ എത്തണമല്ലോ കുറ്റി ഏതായാലും ഒന്ന് അടിക്കാനുള്ള ജീവ് തന്നെ ഇല്ല ആൾക്ക് ഏതായാലും കുറ്റി അടിച്ചു എന്നാണ് എന്നിട്ട് തിരിച്ചോടുകയാണ് തിരിച്ചോടി വളരെ കുറച്ചേ ഓടിയിട്ടുള്ളൂ അപ്പോഴേക്കും ആൾ തളർന്ന് വീണു കഥ പോണത് മുട്ടിട്ടഴഞ്ഞു എന്നൊക്കെയാണ് മോട്ടിട്ടഴഞ്ഞു കിടന്നു ഉരുണ്ടു ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് ആളങ്ങട്ട് തീർന്നു കഥ കഴിഞ്ഞു മരിച്ചു രാജാവ് വളർന്നു നോക്കി എത്ര വേണമെന്ന് ആറടി ബസ് ഇത്രേ വേണ്ടി വന്നുള്ളൂ രാജാവ് മറ്റുള്ളവരോട് പറഞ്ഞു എന്നാ ഓടണ്ട എത്ര ഓടിയാലും ഇത്രയേ ആവശ്യമുള്ളൂ എന്ന് പറയാം ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലോ ജിതസംഘദോഷാഹ ഈ സംഘദോഷങ്ങളിൽ നിന്ന് ജിതനായിട്ടുള്ളവൻ ജയിച്ചവൻ വിഷയാസക്തി ദോഷത്തെ ജയിച്ചവൻ ആ തളിരിനെയൊക്കെ നുള്ളിയവൻ തളിരിന് അവസരം കൊടുക്കില്ല അധികം അധ്യാത്മനിത്യാഹ അധ്യാത്മവിഷയത്തിൽ നിഷ്ഠയുള്ളവൻ അതിൽ അതിലാണവൻ നിത്യവും അതിലാണ് കൊല്ലത്തിൽ ഒരിക്കലല്ല അധ്യാത്മനിത്യാഹ എന്ന പ്രയോഗം അല്ലെങ്കിൽ അധ്യാത്മവർഷാഹ എന്ന് പറഞ്ഞാൽ മതിയിരുന്നു വർഷത്തിൽ ഒരിക്കൽ ഒരു സംക്രാന്തിക്ക് എന്ന് പറയാം അധ്യാത്മനിത്യാഹ വിനിവൃത്ത കാമാഹ കാമനകളിൽ നിന്ന് നിവർത്തിച്ചവൻ എന്ന് പറയാം വിനിവൃത്ത കാമാഹ ുഃഖസൈ ദ്വന്ദ് വിമുക്താഹ സുഖം ദുഃഖം ഇങ്ങനെയുള്ള ദ്വന്ദ്വഭാവങ്ങളോട് ഭിന്നഭാവങ്ങളോട് വിമുക്താഹ വേർപെട്ടിട്ടുള്ളവര് ആരാണിവര് അമൂടാഹ എന്ന് പറഞ്ഞ മൂടന്മാരല്ലാത്തവർ മൂടാഹ എന്ന് കരുതിയിക്കരുതേ അമൂഡാഹ അവിടെ ആകാരമുണ്ട് എന്ന് പറയാം ഗച്ഛന്തി അമൂടാഹ ഗന്തി അമൂടാഹ അമൂടാഹ ജ്ഞാനികൾ മൂടന്മാരല്ല എന്ന് പറയാം മുടന്മാർ എന്ന് പറയുമ്പം അവർക്ക് ഈ മൂ മൂഢത എന്ന് പറഞ്ഞാൽ എന്താ നമ്മളത് വേണ്ടത്ര പലപ്പോഴായിട്ട് പറയപ്പെട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ഒരു ധാരണ സ്കൂളിൽ പോകാതിരിക്കലാണെന്നാണ് സ്കൂളും മൂടതിയായിട്ട് ഒരു ബന്ധവുമില്ല അപ്പൊ അതവിടുന്ന് അതൊരു ഒരമ്മ അങ്ങനെയൊക്കെ ഓരോന്ന് പറയാം ഒരമ്മ ആലുവയ്ക്ക് അപ്പുറത്തുനിന്ന് ബസ് കയറി വരുന്നതാ ആ ഭാഗത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ആലുവയുടെ അപ്പുറത്തു നിന്നാണ് അപ്പൊ അവർക്ക് പോകേണ്ടത് വേറെ ചേർത്തല്ലേ ആ ഭാഗത്തേക്ക് എവിടേക്കോ ആണ് അപ്പൊ ഈ വൈറ്റില അതെ വൈറ്റിലെ ജംഗ്ഷൻ എത്തിയോ എത്തിയോന്ന് ഇവരിങ്ങനെ എവിടുന്ന് ചോദിക്കാൻ തുടങ്ങി കയറിയ സമയത്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ചോദിക്കാൻ വൈറ്റിലെത്തിയോ വൈറ്റിലെത്തിയോ വൈറ്റിലെത്തിയോ ബസ് ഡ്രൈവറോടാ ചോദിക്കുന്നത് ഓരോ ചെറിയ സ്ഥലം എത്തിയ ചോദിക്കും വൈറ്റിലെത്തിയ അയാൾക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി എത്തിയിട്ടില്ല എത്തിയിട്ടില്ല എന്ന് പറയും അപ്പം അവസാനം എവിടെയോ വെച്ചിട്ട് ഈ ഡ്രൈവർക്ക് തന്നെ ഇവരുടെ ഈ ചോദ്യം എല്ലാം കൂടെ ദേഷ്യമായിട്ട് എന്താ പറയുക ആ റൂട്ട് തന്നെ മാറിപ്പോയി പെട്ടെന്ന് ഈ സിഗ്നൽ ഈ എടപ്പള്ളി ജംഗ്ഷനിൽ നേരെ വരേണ്ട ബസ് ലെഫ്റ്റിലേക്ക് ഇടത്തോട്ട് പോണ്ടത് നേരെ അങ്ങോട്ട് പോയി പോയി അറിയില്ലേ ഈ എടപ്പള്ളി ജംഗ്ഷനിലുള്ള അത് അറിയാം അവരുടെ ഈ വെറുപ്പിക്കൽ കാരണം അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ എത്തിയാ പറയാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അവസാനം അത് അവിടുന്ന് ബാക്ക് എടുത്തു എല്ലാം കൂടെ വലിയ ബുദ്ധിമുട്ടായി നേരെ ഈ ഹൈവേയിലേക്ക് കയറാൻ അവസാനം ഈ വൈറ്റിലെത്തിയപ്പോ അദ്ദേഹത്തിനൊരു ഒരു ഇതായി വൈറ്റിൽ അങ്ങോട്ട് നിർത്തിയിട്ട് പറഞ്ഞു ഇതാ റെയിൻകോൾ വന്നു അപ്പൊ പറ എനിക്ക് ഇറങ്ങാനല്ല മരുന്ന് കഴിക്കാനാണ് മോള് പറഞ്ഞിട്ടുണ്ട് അത്ര വൈറ്റിലെത്തുമ്പം കഴിച്ചോളാൻ അപ്പോഴാണ് സമയാവുന്നത് ഇങ്ങനത്തെ ചില പെരുമാറ്റമുണ്ടല്ലോ ഇതിനെയാണ് ഈ മൂഢത എന്ന് പറയുന്നത് വേറെ കാരണം നമ്മുടെ മനസ്സിൽ എന്തോ ഒന്നുണ്ട് ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് വൈറ്റിലെത്തിയാൽ കഴിക്കണമെന്ന് അതിലിങ്ങനെ പിടിച്ചു നിൽക്കുക വൈറ്റിലെത്തിയോ വൈറ്റിലെത്തിയോ വൈറ്റിൽ ബാക്കിയുള്ളവരെ മുഴുവൻ ബുദ്ധിമുട്ടിപ്പിക്കാൻ അല്ലാതുള്ളതല്ല ഇത്തരത്തിലുള്ള കുറെ മനസ്സിലായല്ലോ അല്ലേ ഞങ്ങൾക്ക് പറ്റാറുള്ളതാണ് സാമൂഹ്യം അമൂഢാഹ ജ്ഞാനികൾ അവർ ചിലപ്പം സ്കൂളിലൊന്നും സ്കൂൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ജ്ഞാനികൾ തത് അവ്യയം പദം ഗച്ചന്തി അവയം വ്യയമില്ലാത്ത പദത്തെ ഗച്ചന്തി പ്രാപിക്കുന്നു അവരാണ് അവിടെ എത്തിച്ചേരുന്നത് അല്ലാത്തവരോ ഇങ്ങനെ ഓരോന്നില് പോയി തട്ടി വീണ് തട്ടി മറിഞ്ഞ് അവരങ്ങനെ ആ പദത്തിൽ ഒന്നെത്തുന്നില്ലെന്ന് പറയും സൂര്യ ശകർത്തരമം മമവാന്റെ പറയും തദ് സൂര്യ നാസയത് സൂര്യൻ അവിടെ പ്രകാശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇരുട്ടിന്റെ ലോകമാണോ അല്ല സൂര്യന് പ്രകാശിപ്പിക്കാൻ പോന്നതല്ല അത് അവിടെ സൂര്യൻ പ്രകാശിക്കുന്നില്ല തത് അതിനെ സൂര്യൻ പ്രകാശിപ്പിക്കുന്നില്ല അതിനെ പ്രകാശിപ്പിക്കുന്നത് വേറെ എന്താന്ന് പറയാം ശശാങ്ക ന എന്താണ് ചന്ദ്രനും അതിനെ പ്രകാശിപ്പിക്കുന്നില്ല അപ്പൊ സൂര്യനും പ്രകാശിപ്പിക്കുന്നില്ല ചന്ദ്രനും പ്രകാശിപ്പിക്കുന്നില്ല കുട്ടിയോട് ചോദിച്ചു സൂര്യനാണോ ചന്ദ്രനാണോ ഏതാ ഏറ്റവും നല്ലത് കുട്ടി പറഞ്ഞു ചന്ദ്രനാണോ അതെന്താണെന്ന് അതെ ഈ രാത്രി ചന്ദ്രനുള്ളതുകൊണ്ട് കാണാലോ പകല് സൂര്യന്റെ ആവശ്യമില്ലല്ലോ പകലിപ്പോ എന്തിനാപ്പൊ സൂര്യൻ പകല് കാണുന്നുണ്ടല്ലോ നമ്മൾ രാത്രിയല്ലേ അല്ലെ രാത്രി ചന്ദ്രനുള്ളതുകൊണ്ട് അപ്പൊ എന്നാ ശശാങ്ക എന്ന് പറയാം പാവക അഗ്നും അതിനെ പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയാ അഗ്നിയെ കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കാൻ സാധ്യമല്ല പിന്നെയോ പറയണു എത് ഗത്വ യാതൊന്നിനെ പ്രാപിച്ചിട്ട് ന നിവർത്തന്തേ പിന്നെ തിരിച്ചുവരവില്ലയോ ആ പിന്നെ ഈ സയൻസിൽ പറയുന്ന ബ്ലാക്ക് ഹോൾസ് ആയിരിക്കും അതിലേക്കൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചുവരവില്ല എന്നല്ലേ പ്രകാശകിരണങ്ങൾ പോലും ശബ്ദകിരണങ്ങൾ എല്ലാറ്റിനെയും പിടിച്ചെടുക്കുന്നവൻ അങ്ങനെ ചോദിച്ചുവെക്കരുത് എന്ന് പറയാ ആ പ്രകാ ആ ബ്ലാക്ക് ഹോളിനെയും ധരിച്ചിരിക്കുന്നവനാണ് അവനെയും ഒരാൾ ധരിച്ചിട്ടുണ്ടല്ലോ അതിനാണ് അതാണെന്ന് പറയാ ന നിവർത്തന്തേ അതിനെ തത് മമ പരമം ധാമ അതെന്റെ പരമമായ ധാമമാണ് ജലത്തിലെ സൂര്യൻ ജലത്തിലെ സൂര്യനെ കണ്ടിട്ടുണ്ടോ െ ഇപ്പം ഈ വയൽ വയൽ നെൽപ്പാടം നെൽപ്പാടം ഈ മഴക്കാലത്ത് അതിൽ നിറയെ വെള്ളമായിരിക്കും ആ മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞ് അത് വേനലിലേക്ക് വരുന്ന സമയത്ത് ആ വയലിലൊക്കെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടാവും പിന്നെ അവിടെ അവിടെ അവിടെ അവിടെ ഉള്ള നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിൽ ഒറ്റ സൂര്യനെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അല്ലെ ചെറിയ ചെറിയ ചെറിയ കുഴികളായ സമയത്ത് അതിൽ നിറയെ സൂര്യനുണ്ടാവും എല്ലാ കുഴികളിലും സൂര്യൻ ഇതുപോലെയാണ് നമ്മളൊക്കെ കുഴികൾ ഓരോ കുഴികളിലുള്ള സൂര്യന്മാരുണ്ടല്ലോ അതുപോലെയാണ് നമ്മളൊക്കെ ജീവന്മാർ അത് പറയണോ സൂര്യാംശ ജലനിമിത്താപാഹേ എങ്ങനെയാണോ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യൻ സൂര്യന്റെ അംശമായത് സൂര്യൻ്റെ അംശമല്ലേ താഴെയുള്ള ജലം ജലത്തിലെ സൂര്യൻ പറയാം അംശമെന്ന് പറയാം എന്നാൽ ജലം വറ്റിക്കഴിഞ്ഞാലോ ഏവം ഏർ ജലം വറ്റിക്കഴിഞ്ഞാൽ എന്താവും ആ പ്രതിഫലനം സൂര്യനിൽ പോയി ചേരുന്നു പിന്നെ അതിന് ഏവാ ഗത്വാ ന നിവർത്തന്തെ പിന്നെ എന്തില്ല തിരിച്ചു വരവില്ല തഥാ അയം അപി അംശ അതുപോലെ തന്നെയാണ് പരമാത്മാവായ എന്റെ അംശമായ ജീവാത്മാവ് തേന ഏവ ആത്മനാ സങ്കച്ചതി ഏവമേവ ആ ഉപാധിയായിട്ടുള്ള ശരീരം നശിക്കുമ്പം പരമാത്മാവിൽ തന്നെ ലയിക്കുന്നത് വളരെ നല്ല ഒരു ഉദാഹരണമാണ് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞത് വളരെ ലളിതം എന്ന് പറഞ്ഞ ഒന്നാം ക്ലാസ്സിൽ പോലും പോകാത്ത ഒന്നാം ക്ലാസ്സിൽ പോകുന്ന കുട്ടിക്ക് പറഞ്ഞാൽ മനസ്സിലാകുന്നത് എത്രയോ വർഷം മുമ്പ് അദ്ദേഹം പറഞ്ഞു തന്നിരിക്കുക എങ്ങനെയാണ് വാസ്തവത്തിൽ സൂര്യന്റെ ആ സൂര്യൻ അതിലെങ്ങനെ പ്രതിഫലിക്കുന്നു വറ്റിക്കഴിഞ്ഞാല് സൂര്യൻ ഇതിൽ പോയി ചേരുന്നു എന്ന് പറയുന്നതൊക്കെ ഭാഷയിൽ പറയുന്നു എന്നേ ഉള്ളൂ ചേർച്ചയൊന്നുമില്ല ആ അതെ എന്ത് ചേർച്ച പറയണു യഥാവാ ഘടാതി ഉപാധി പരിചിന്ന അടുത്തതും കൂടെ കേൾക്കണം യഥാവാ ഘടാതി ഉപാധി പരിചിന്നടാതി ആകാശ ആകാശ ആകാശാംശ് ഘടാതിനിമിത്താപായെ ആകാശം പ്രാപ്യ ന നിവർത്തന്ദേവം അത ഉപന്നം ഉം യത് ഗവർത്തന്ദേ വീണ്ടും പറയുന്നു എന്താ പറയണു യഥാവാ ഘടാതി ഉപാധി പരിചിന്ന ഘടാതി ആകാശ ഈ ഇനി വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഘടം മുതലായിട്ടുള്ള ഉപാധികൾക്കുള്ളിൽ പരിചിഹ്നായിട്ടുള്ള ആകാശമുണ്ട് അതിന് നമ്മൾ എന്ത് പറയും ഘടാകാശം എന്നൊക്കെ പറയും പല ആകാശം എന്ന് പറയും പല പല പല പല പല ഇതിലുള്ളതിലൊക്കെ എന്നിട്ട് എന്താ പറയും എന്താണ് ഘടത്തിൻ്റെ നാശത്തിൽ എന്തുണ്ടാവുന്നു ആ മഹാകാശത്തിൽ ലയിക്കണു അത് ലയിക്കലാണോ ലയിക്കലൊന്നുമല്ല എന്നിട്ട് പിന്നെ തിരിച്ചു വരവുണ്ടോ തിരിച്ചു വരവില്ല ഇതുപോലെ വേണം മനസ്സിലാക്കാൻ എന്നാ അല്ലാതെ നമ്മൾ വിചാരിക്കും ഒരു സ്ഥലത്ത് പോയി പിന്നെ തിരിച്ചു വരവില്ല അമ്മാകത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്ത് ഇല്ലത്ത് നിറങ്ങുകയും ചെയ്ത് അമ്മാകത്തെത്തി എന്താ അമ്മാകത്ത് നിന്ന് ഇറങ്ങി ഇല്ലത്തെത്തിയില്ല ഇതുപോലെ എവിടെന്നെങ്കിലും ഇറങ്ങി അവിടെ എത്തിയില്ല അല്ലെങ്കിൽ എത്തിയെടുത്തുനിന്ന് അവിടെ പോയാൽ പിന്നെ ഇയാൾ തിരിച്ചു വരില്ല എന്നാണ് ഇവിടെ ഭാര്യ വീട്ട് പോയാൽ പിന്നെ അവിടെ അങ്ങോട്ട് കൂടെ പിന്നെ ഇങ്ങോട്ട് വരവില്ല ഇത് ഭഗവാന്റെ വീടാണ് അവിടെ പോയാൽ വരവില്ല എന്ന് പറയുമ്പം നമ്മൾ ഇവിടുന്ന് നടന്നുപോയി അവിടുത്തെ അങ്ങനെ എന്താ അസുഖമായിട്ടുള്ള ജീവിതത്തിൽ അങ്ങനെ ആരുമില്ല അവിടെ വേറെ ആരുമില്ല പുരുഷന്മാരായിട്ട് ആരുമില്ലാത്തതുകൊണ്ട് ദേഹം തന്നെ കാര്യസ്ഥ ആരും തന്നെ ഭരിക്കാൻ വരില്ല എന്ന് കണ്ടപ്പം പിന്നെ ശരി ഇവിടെ അങ്ങോട്ട് കൂടുകയായി ഇവിടെ പറയുന്നത് എന്താണ് ഇതാണ് തിരിച്ചുവരവില്ലാത്തത് ഇങ്ങനെയാണ് ഘടാകാശം മഹാകാശത്തിൽ ലയിക്കുക എന്നത് തോന്നലാണ് ഘടാകാശത്തിൽ ഇരിക്കെ തന്നെ മഹാകാശമാണത് ഘടത്താൽ പരിമിതമായി എന്നത് തോന്നലാണ് അറിവ് കൊണ്ടാണ് യ നവർത്തേ എന്നറിയേണ്ടത് ഇങ്ങനെയാണ് തുടർന്ന് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനതന മനഃഷ്ട്രി പ്രകൃതിസ്ഥാ കർഷ മമേ അംശ ജീവലോകെ ജീവഭൂത സനതന മനഷഷ്ടാനി ഇന്ദ്രിയി പ്രകൃതിസ്ഥാനി കർഷതി രഥകൽപ്പന ഓർക്കുന്നത് നല്ലതാണ് മമ സനാതന എൻ്റെ സനാതനമായ അഴിവില്ലാത്ത നാശമില്ലാത്ത എന്നും നിലനിൽക്കുന്ന ഇതാണ് സനാതനം അംശഹ അംശം ജീവഭൂത ജീവനായി തീർന്നിട്ട് ജീവാത്മാവായി തീർന്നിട്ട് ജീവലോകെ ഈ സംസാരത്തില് ജീവലോകത്തില് പ്രകൃതിസ്ഥാനി പ്രകൃതിസ്ഥാനി എന്ന് പറഞ്ഞ പ്രകൃതി നിഷ്ഠങ്ങളായ മനഷഷഷ്ടാനി മനസ്സടക്കമുള്ള ആറ് ഇന്ദ്രിയങ്ങൾ മനസ്സുൾപ്പെടെ ആറായിട്ടുള്ള ഇന്ദ്രിയാണ് ഇന്ദ്രിയങ്ങളെ കർഷതി കർഷണം ചെയ്യുന്നു വലിച്ചിഴയ്ക്കുന്നു ഇതാ രഥം അവർത്തോളം കുതിരയാണ് ഇന്ദ്രിയം ഇല്ലേ ഇന്ദ്രിയാണ് ഈ ഹയാനാഹുഹു വിഷയാൻ തേശുഗോചരാൻ അങ്ങനെ പോകുന്നു അതുകൊണ്ടാണ് കുതിരയോട് ഉപമിച്ചത് ഇന്ദ്രിയങ്ങളെ എന്താ കുതിര ചെയ്യുന്നത് വലിച്ചു കൊണ്ടുപോകുന്നു നമ്മളെ അങ്ങനെ തന്നെയല്ലേ കൊണ്ടുപോകുന്നത് അതെ വലിച്ചാണ് കൊണ്ടുപോകുന്നത് നമ്മൾ പോവുകയാണോ അല്ല ആരോ വലിച്ച് അങ്ങോട്ട് കൊണ്ടുപോവുക കുതിര കുതിരയെ നിയന്ത്രിക്കാൻ അറിയണം അല്ലെങ്കിൽ വലിയ പ്രശ്നം നിയന്ത്രിക്കാൻ പഠിച്ചാലോ കുതിര അവിടെ നിന്നുള്ളൂ സദശ്വായവസാരതേ എന്ന് പറഞ്ഞല്ലോ അപ്പൊ എന്റെ സനാതനമായ അംശം ജീവലോകത്തിൽ ഈ ജീവഭൂത ജീവലോകെ പ്രകൃതിസ്ഥാനി മന ഷഷ്ടാനി ഇന്ദ്രിയണി കർഷതി കർഷണം ചെയ്യിക്കുന്നു ചിലർക്ക് തോന്നും എന്തിനാ ഭഗവാൻ ഈ പൊല്ലാപ്പൊക്കെ ചെയ്യുന്നത് ആ അത് ചെയ്യും ചെയ്യിക്കും ചെയ്യിക്കണം പിന്നെ നമുക്കെന്താ ഒരു മറ്റ് മൃഗങ്ങളെ സംബന്ധിക്കുന്ന ഇങ്ങനത്തെ യാതൊരു പ്രശ്നമില്ലല്ലോ ഇല്ല പ്രശ്നമില്ല ഇങ്ങനെ എന്തിനാ ഇങ്ങനത്തെ കുണ്ടാമണ്ടികളൊക്കെ എന്തിനാ ഭഗവാൻ ജയിക്കുന്നത് എന്ന് ആലോചിക്കുന്നവർക്ക് ഭഗവാൻ അടുത്തൊരവസരം തരും വല്ല കഴുതിയാവാനോ അല്ലെങ്കിൽ അതെ അതിനാവുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ല യാതൊരു പ്രശ്നമില്ല അതൊന്നും മറിച്ച് ചിന്തിക്കുക അങ്ങനത്തെ യാതൊന്നുമില്ല അതിനെ സംബന്ധിച്ച് അതിന് സമയം പോക്കാൻ ഒരു ക്ലബ്ബോ അവരൊരു അസോസിയേഷൻ ഉണ്ടാക്കുക അവർക്കൊരു സ്വാതന്ത്ര്യം വേണമെന്ന് പറയുക അവരുടെ സിനിമ അവരുടെ സാഹിത്യം അവരുടെ അരങ്ങേറ്റം അതൊന്നുമില്ല എന്ന് പറഞ്ഞു അവരുടെ ലോകത്തിൽ കലാ സാഹിത്യം വിനോദം ഇത്യാദിയൊന്നുമില്ല അതൊക്കെ ആവശ്യമായി വരുന്നതും നമുക്കാണ് അപ്പം നമുക്ക് ആ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം കൊണ്ട് നമ്മൾ അറിയണം ചിലർ ചോദിക്കുന്നു എന്തിനാണ് ഭഗവാൻ ഇങ്ങനെ വലിച്ചഴയ്ക്കുന്നത് എടോ ഇതാണ് പ്രകൃതി എന്നറിഞ്ഞ് ആ പ്രകൃതിക്ക് അപ്പുറത്തേക്ക് തന്റേതായിട്ടുള്ള തന്നെ കാണിച്ചു തരികയാണ് നീ ആരാണ് ഇതിൽ നിന്റെ റോൾ എന്താണ് എന്ന് ഓ അത് ശരിയാ അതാണ് ഇപ്പൊ നമുക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞാൻ എന്ത് വേണം ഞാൻ ഈ കുതിരയുടെ കൂടെ ഓടണോ അല്ല നിനക്ക് വേണമെങ്കിൽ ഈ ഓട്ടം നിർത്താം അതിനെന്ത് വേണം നീ നീ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം ശ്രമിക്കണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണല്ലോ സ്വാമിജി എപ്പോഴും പറയും അത് ഈ ലോകത്ത് ആരംഭത്തിൽ പറഞ്ഞിട്ടുണ്ടാവണം എന്ന് വിചാരിക്കണം ഗീത എടുക്കുന്ന സമയത്ത് എന്നാലും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ ലോകത്തിൽ നമ്മൾ ഒരുപാട് ഉപകരണങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മനുഷ്യൻ ഒരുപാട് സങ്കീർണമായിട്ടുള്ള പല ഉപകരണങ്ങളും ഏതിനും ഒരു എന്തുണ്ട് ഒരു മാർഗ ഒരു ഒരു ഗൈഡ് ലൈൻ ഉണ്ട് ഒരു എന്താ ബുക്ക്ലെറ്റ് ഉണ്ട് എന്ന് പറയാം എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഒരു മിക്സിക്കുണ്ട് അതിന്റെ ബ്ലൈഡ് തിരിക്കേണ്ട വിധം അത് ബ്ലൈഡ് അഴിക്കേണ്ട വിധം അത് കടയുന്ന ബ്ലൈഡ് ഇത് ചെയ്യുന്നത് പുട്ടുണ്ടാക്കുന്നത് ഏതാണ് എന്നൊക്കെ എല്ലാറ്റിലുണ്ട് ഒരു മരുന്നിന്റെ കുപ്പിയിൽ അതിന്റെ മൂടി തുറക്കുന്നത് എങ്ങോട്ടാണെന്ന് വരുന്നുണ്ട് ബിസ്കറ്റിന്റെ പാക്കറ്റിൽ കണ്ടു അതിന്റെ ഒരു ഒരു കത്രിക ചിഹ്നം എവിടെയാണ് മുറിക്കേണ്ടത് നിർദ്ദേശങ്ങളുണ്ട് എന്ന് പറയാം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഉപകരണങ്ങൾക്കും ആ ഉപകരണത്തോടൊപ്പം നാം അതിന് ഉപയോഗിക്കേണ്ട വിധത്തെ അതിനെ ഉൾക്കൊള്ളിക്കുന്ന നിർദ്ദേശങ്ങൾ ഉണ്ട് ചോദ്യമാണ് ഏറ്റവും സങ്കീർണമായ സൃഷ്ടിയാണ് മനുഷ്യൻ ഈ മനുഷ്യൻ എന്ന ഉപകരണത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് വല്ല ഈ സൃഷ്ടിച്ച ഭഗവാൻ എന്ന് വിദ്വാൻ ഈ എന്താ പറയുക ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കൂട്ടത്തിൽ വല്ല ബുക്ക്ലെറ്റും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൂപ്പിലിറക്കിയ ബുക്ക്ലെറ്റായിട്ട് അതിന്റെ പേരാണ് ഭഗവത്ഗീത മനസ്സിലായോ നമ്മൾ ആ ബുക്ക് എപ്പോഴും കൊണ്ട് നടക്കാറില്ലേ വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എടാ ആ ബുക്ക് ഇങ്ങോട്ട് എടുക്ക് അല്ലെങ്കിൽ മിക്സി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കട്ടെ ആ സെൽ മൊബൈൽ ഫോണിന്റെ കൂടെ ഇപ്പൊ സാധനങ്ങളുടെ ബുക്കാണ് കേമോ അല്ലേ ഒരു ചെറിയ ഫോണ് മേടിക്കുന്ന സമയത്തൊരു നൂറ്റമ്പത് പേജുള്ള ബുക്കാണ് ആ ബുക്കിലാണെങ്കിൽ ലോകത്തിലെ ദുനിയാവിലെ എല്ലാ ഭാഷയും ഉണ്ട് നമുക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവൂല ഇത് എത്ര ഭാഷ എന്തിനാണ് എന്നാൽ നമുക്ക് വേണ്ട മലയാളം ഉണ്ടോ അതുമില്ല ബാക്കിയെല്ലാം ഉണ്ട് ഇപ്പൊ മൊബൈൽ ഫോണിലെ എസ് എം എസ് മുഴുവൻ വരുന്നത് അറബിക്കിലാണ് കാരണം എപ്പോഴോ എങ്ങനെയോ പോയിട്ട് അതിനെ അറബിക്കാക്കി വെച്ചു സ്വാമിയുടെ മൊബൈലിലായ അല്ല ഒരാൾ തന്നിരുന്നു നമ്മളോട് സ്വാമി ഇതിൽ ഈ ഇതൊന്ന് മാറ്റാൻ പറ്റുമെന്ന് അപ്പൊ എങ്ങനെയാ ഒരു ശ്രമം നടത്തിയിട്ടും സാധിക്കുന്നില്ല നമുക്ക് നമുക്ക് അതിൽ അതിൻ്റെ ഇക്കുമത്ത് കൂടുതൽ അറിയില്ല എന്നാലും അതിൻ്റെ ലാംഗ്വേജ് മാറിപ്പോയി എന്ന് പറയാം അപ്പൊ ഇവിടെ നമ്മെ ഉപയോഗിക്കാൻ നമ്മളെ എവിടെ തിരിക്കണം എവിടെ തിരിക്കാൻ പാടില്ല ഏത് മൂടി തുറന്നിട്ട് ഏത് ഇടണം എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്ര കൃത്യമായിട്ട് ഭംഗിയായിട്ട് ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങൾ ഈ നിർദ്ദേശം നോക്കാതെ ഇതിനെ ഉപയോഗിച്ചാൽ ഇത് പെട്ടെന്ന് കേടായി പോകും പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറയുക ഈ ഈ യന്ത്രം കേടായ യന്ത്രവും കേടാവാത്ത യന്ത്രവും ഒന്നും കണ്ട പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെയുള്ള ചിലതൊക്കെ കണ്ടുകഴിഞ്ഞാൽ വിചാരിക്കും ഫുൾ കണ്ടീഷനാണ് പക്ഷെ വെറുതിയാണ് അതെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും അതുകൊണ്ട് ഇതൊന്ന് അറിയുന്നത് നല്ലതാണ് ലഘുലേഖയായിട്ട് ചെറിയ നിർദ്ദേശമായിട്ട് ഭഗവാൻ പറയുന്നത് ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ പ്രകൃതി ഞാൻ തന്നെ എൻ്റെ അംശം ജീവഭൂത ജീവലോകെ പ്രകൃതിസ്ഥാനി മനഷഷ്ടാണി ഇന്ദ്രിയണി കർഷക ആഹാ ഭഗവാൻ അങ്ങനെയാണോ ചെയ്യുന്നത് ഈ ഭഗവാനാണ് എല്ലാ സൂത്രപ്പണികളും ചെയ്യുന്നതെന്ന് പറയാം ഭയങ്കര സൂത്രധാരണയാണ് ആ സൂത്രധാരണയെ നമ്മൾ പിടിക്കണം ഒരു സ്വാമി ഒരു തമാശ പറഞ്ഞോട്ടെ അരുതാത്ത തമാശയാണെങ്കിൽ നിങ്ങൾ ഡിലീറ്റ് ചെയ്തേക്കണം പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല ഭാര്യയും ഭർത്താവും കൂടെ അവരെവിടെയോ പോവുക എവിടേക്കോ ഏതോ ഒരു ഷോപ്പിംഗ് ഇതിന് പോയപ്പോ വലിയൊരു ഒരു ലിഫ്റ്റിൽ പോവുക ലിഫ്റ്റിൽ പോകുന്ന സമയത്ത് ലിഫ്റ്റിൽ കുറേ പേരുണ്ടല്ലോ വലിയൊരു ലിഫ്റ്റാണ് അപ്പം അവരതിനകത്തേക്ക് കയറി അപ്പം അതിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ഈ ഭർത്താവ് ഒരു സ്ത്രീയുടെ അടുത്താണ് നിൽക്കുന്നത് അപ്പം അവരാണെങ്കിൽ കാണാൻ നല്ലൊരു സുന്ദരി വയ്ക്കുക പക്ഷെ ഇവർക്കത് തീരെ ഇഷ്ടമായില്ല അദ്ദേഹം അവരുടെ അടുത്ത് പോയി എന്താണെന്നറിയില്ല ആ സ്ത്രീ ഒരു അടി അടി ഇയാളുടെ മുഖത്ത് വല്ലാത്തൊരു വിഷമായി എന്ന് പറയാം അദ്ദേഹം ആകെ തലയകെ അപ്പം അവർ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞു ഇങ്ങനെ നുള്ളരുത് നെയ്യാരി എന്ന് പറഞ്ഞു അപ്പം ഇറങ്ങിയിട്ട് ഭാര്യയോട് പറഞ്ഞു നോക്കൂ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാനല്ല അങ്ങനെ ചെയ്തു ഭാര്യ പറയാം ഞാനാ നുള്ളിയെന്ന് അങ്ങനെ പോയി നിൽക്കേണ്ടോ ഭയങ്കര സൂത്രധാരിയാണ് പുറത്തി ഇതുപോലെ നമ്മൾ കർമ്മഫലം അനുഭവിക്കുന്നു മൂപ്പരിങ്ങനെ നുള്ളും മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ നല്ല ഉദാഹരണമാണെന്ന് പറയാം അതുകൊണ്ട് ലിഫ്റ്റിലൊക്കെ കയറുന്നവര് അടുത്ത് നിൽക്കുന്നവരൊക്കെ സൂക്ഷിക്കണം എന്ന് പറയാം ആരോ അറിയാതെ എന്തോ ചെയ്യുന്നു നമ്മൾ കർമ്മഫലം അനുഭവിക്കുന്നു കർഷതി പിടിച്ചു വലിക്കണോ കൊണ്ടുപോകണോ തുടർന്ന് ശരീരം യഥവാർഗന്ധാ ഈ ശ്ലോകം അടുത്ത ശ്ലോകം ഇവിടുന്ന് അങ്ങോട്ടുള്ള ശ്ലോകങ്ങളൊക്കെ വളരെ ഈ ഈ അധ്യായത്തിന്റെ ഒരു വിശേഷം എന്താന്ന് പറഞ്ഞാല് വളരെ കാവ്യാത്മകമാണ് എന്ന് പറയാം ഭഗവത്ഗീതയിലെ കവി ആ വ്യാസന്റെ കവി വ്യാസരുടെ പ്രഭാവം മുഴുവൻ നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ സാധിക്കും ഇന്ന് ഇത്ര നമുക്ക് നാളെ ബാക്കി നാളെ കാണാം